വംശത്തിന്റെ ഭാഷ ചെയ്യുന്നത് കഠോവംശത്ത് കൃഷ്ണുർദാണ് കക്ഷി ആശി ദർശിച്ച മന്ത്രങ്ങളാണ് കഠോപംശത്ത് കാഠോവംശത്ത് ഷത്ത് അധ്യയനം ചെയ്യുന്നവരെ കാഠന്മ എന്ന് പറയുന്നത് അധ്യയനം ചെയ്യുന്നത് അവരുടെ ഉപനിഷ അങ്ങനെ കാഠകോപനിഷ് അങ്ങനെയും പറയും കഠൻ എന്ന് പറയുന്ന കൃഷി ഉപദേശിച്ച മന്ത്രങ്ങൾ അത് അധ്യയനം ചെയ്യുന്നവരും കഠന്മാരെന്ന് പറയും ആശാദാധ്യയനം ചെയ്യുന്നവരും മകഠ ഉപനിഷത്തിന് കഠോപനിഷത്വങ്ങൾ പറയും അങ്ങനെയുള്ള കഠോപനിഷത്ത് എന്ന് പറയുന്നതിന് ഈ പേര് വന്നു അതിന്റെ ഭാഷ്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ശാന്തി മന്ത്രം പ്രസിദ്ധമാണ് ഓം സഹനാവവത് സഹ നോധന സഹ വീര്യം പരവഹേ തേജസ്വി നാവീതമസ്തു വിദ്യുഷാവഹ നൗ സഹ അത് കഴിഞ്ഞിട്ട് നൗ ആണ് നൗ അവ വിഷാവ ഞങ്ങളെ രണ്ടുപേരെയും അതായത് ഗുരു ശിഷ്യന്മാരെ സഹ അവണെ രക്ഷിക്കൂ എന്നും പറയുന്നു നൗ ഞങ്ങളെ രണ്ടുപേരെയും ഗുരു ശിഷ്യന്മാരെ സഹ ഒരുമിച്ച് ധുനത്വം പ്രതിപാദിക്കൂ സഹ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടാക്കട്ടെ നൽകട്ടെ വീര്യം എന്നുള്ളതിന് ഇതിനെ തന്നെ ഭാഷ്യകാലം വ്യാഖ്യാനിക്കും വീര്യം എന്നുള്ളതിന് പറയുന്നത് അവസാനം വിവംശത്തിന്റെ തന്നെ ഏറ്റവും അവസാനം നോക്കിയാൽ ശാന്തിപാഠം അതിന്റെ ഭാഷ വീദ്യംതിട്ടുണ്ട് വിദ്യാകൃതം വീര്യം വിദ്യ കൊണ്ടുള്ള അധ്യയന കൊണ്ട് പ്രാപ്തമാവെന്നുള്ള ആ വിദ്യ കൊണ്ടുള്ള വീര്യം ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഭാഷ്യം സാമർഥ്യം വിദ്യ കൊണ്ടുണ്ടാവുന്ന സാമർഥ്യം അത് ി നിഷ്പാദയാവഹി നിഷ്പാദനം ചെയ്യട്ടെ ഉണ്ടാക്കട്ടെ അങ്ങനം പറഞ്ഞിരുന്നത് തദ്പ്രകാശനേന ആ വിദ്യയുടെ ഫലത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആ വിദ്യയുടെ ഫലത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ പാലിക്കൂ എന്നാണ് അവധി പറയുന്നുണ്ട് വിദ്യാസ്വരൂപ പ്രകാശം വിദ്യാസ്വരൂപത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് രണ്ടാമത് പറയുന്നു വിദ്യയുടെ ഫലത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആദ്യം അവതു പാലയതും എന്ന് പറയുന്നിടത്ത് വിദ്യയുടെ സ്വരൂപത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കുന്നതാണ് ഇവിടെ രക്ഷ എന്ന് പറയുന്നത് വിദ്യയുടെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുകയാണ് അപ്പൊ ഇത് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് ഈശ്വരൻ വിദ്യയുടെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കണമെന്നാണ് വിദ്യയുടെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കാൻ വെച്ചാൽ വിദ്യ അയാ ഉള്ളിൽ ഒതിപ്പിക്കുക എന്ന് വിദ്യയുടെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കാറുണ്ടായിരുന്നു ഉപനിഷത്ത് അധ്യയനത്തിലൂടെ അതിന്റെ വിചാരത്തിലൂടെ ആ ഉപനിഷത്തിൽ നിന്നും ലഭ്യമാകുന്ന വിദ്യ അത് തൻ്റെ ഉള്ളിൽ പ്രകാശിക്കട്ടെ എന്നാണ് പിന്നെ അതിന്റെ ആ വിദ്യയുടെ ഫലം ആ വിദ്യയുടെ ഫലം സാധാരണ പറയുന്ന ഫലങ്ങൾ എന്ന് പറയുന്നത് ബ്രഹ്മവർത്തസ്വം പോലെയുള്ള ഫലങ്ങളാണ് ബ്രഹ്മ തേജസ് വേദാധ്യനം ഉണ്ടായി ഉണ്ടാകുന്ന തേജസ് ബ്രഹ്മ തേജസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ബ്രഹ്മ ബ്രഹ്മപ്രസം അതുണ്ടാകട്ടെ അല്ലെങ്കിൽ അധികമായ ഫലം വരെ ഉണ്ടാകട്ടെ അതിനനുഗ്രഹിക്കുന്ന ഒന്നാണ് നൌ അതീതം തേജഷ്ടി അസ്തു എന്നാണ് അടുത്തത് നൌ ഞ രണ്ടുപേരും ഗുരുവിശിഷ്യനും അതീതം അതീതം അധ്യയനം ചെയ്യപ്പെട്ടത് തേജസ്വിസ്തു തേജസ്വിനർത്ത് പറയുന്നത് തേജസ്വി നൌ തേജസ്വി വീര്യവത്താകട്ടെ ീര്യവത്താകട്ടെ എന്നാണ് വീര്യവത്താകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അധ്യയനം ചെയ്തത് നമ്മളുടെ അധ്യയനം ഒരിക്കലും വിസ്മൃതമാകാതെ അത് അന്തിമമായ ഫലത്തെ കൊടുക്കുന്നത് വരെ നിലനിൽക്കട്ടെ എന്നാണ് അധ്യയനം വിസ്മരിക്കാം അത് പാടില്ല വിസ്മരിക്കാതെ നിലനിന്നാലും പോരാ അതിന്റെ കർമ്മഫലം അന്തിമമായ ഫലം എന്ന് പറയുന്നു ഈശ്വര സാക്ഷാത്കാരമാണ് ആ ഫലപര്യന്തമായി അത് നിലനിൽക്കട്ടെ ഫലത്തെ തരുന്നത് വരെ അത് നശിക്കാതെ നിലനിൽക്കട്ടെ ആണ് വീര്യവത്വം പറയുന്നു മാ വിദ്യുഷാവരം ഗുരുവും ശിഷ്യനും പരസ്പരം എന്താണ് വിദ്വേഷം ഉണ്ടാവാതിരിക്കട്ടെ ഒരു ശിഷ്യന് തമ്മിൽ എങ്ങനെ വിദ്വേഷം ഉണ്ടാവും എന്ന് പറയുന്നത് പ്രമാദകൃത അന്യായ അധ്യയന അധ്യാപന ദോഷ നിമിത്തം പ്രമാദം കൊണ്ട് സംഭവിക്കാം അങ്ങനെ സംഭവിക്കാം പിന്നെ അധ്യയനത്തിൽ വരുന്ന ദോഷങ്ങൾ കൊണ്ട് സംഭവിക്കാം ഏത് തരത്തിലായാലും പരസ്പരം വിദ്വേഷം ഉണ്ടാവാതിരിക്കട്ടെ ഓം ശാന്തി ശാന്തിഹി ശാന്തിഹി എന്ന് പറയുന്നത് സാധാരണ പറയുന്ന പോലെ ത്രിവിധ താപശാന്തിക്ക് വേണ്ടിയിട്ടാണ് ആധ്യാത്മികൗതിക ആധി ദൈവിക താപശാന്തിക്ക് വേണ്ടിയിട്ടാണ് അവസാനം ശാന്തി മന്ത്രം മൂന്ന് തവണ ഉച്ചരിക്കുന്നു പറഞ്ഞു വരുന്ന രീതിയിലാണ് ആദ്യം പറഞ്ഞത് വിദ്യയുടെ സ്വരൂപത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് രണ്ടാമെന്ന് പറയുന്നത് വിദ്യയുടെ ഫലത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ആദ്യം അവധു എന്ന് പറഞ്ഞു രക്ഷിക്കൂ ഖനത്വം പരിപാലിക്കൂ രണ്ടിനെയും താല്പര്യം ഒന്ന് തന്നെ രണ്ടാവർത്തിച്ചത് പറഞ്ഞു ആദ്യം പറഞ്ഞു വിദ്യയുടെ സ്വരൂപത്തെ എന്താണ് വിദ്യ ആ വിദ്യ ഉള്ളിൽ ഒതിപ്പിക്കുക രണ്ട് എന്താണ് അതിന്റെ ഫലം അതിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുക ഫലം എന്താണെന്ന് അറിയണ അറിവുണ്ടായപ്പോ ഇത് പല ഭാഗത്തും വരുന്നതാണ് ഇവിടെ മാത്രം വരുന്നതല്ല അപ്പൊ പലതരത്തിലുള്ള തത്വ ജ്ഞാനവും കർമ്മവും എല്ലാം വരും ഇതിന്റെ ഇതിനെ കുറിച്ചൊക്കെയുള്ള ശരിയായ അറിവുണ്ടാക്കുക അതിന്റെ ഫലം എന്താണെന്നുള്ള ബോധം ഉണ്ടാക്കുക ആദ്യം പറഞ്ഞത് വിദ്യ എന്താണെന്ന് ശരിയായ വിദ്യ എന്താണെന്ന് അറിയുക അറിയിപ്പിക്കൂ എന്നാണ് രണ്ടാമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതിന്റെ ഫലം അതെന്താണെന്ന് അറിയിപ്പിക്കൂ എന്നാണ് രണ്ടും നമ്മൾ അടുത്തു വരുന്നത് സംബന്ധ ഭാഷ്യമാണ് പ്രസ്താവങ്ങൾ ചെറുപ്പം കാണത്തില്ല നിങ്ങളെ കയ്യിലിരിക്കുന്ന കോപ്പിയില് ആദ്യം വരുന്ന ഉപനിഷത്ത് ഭാഷ്യത്തിന്റെ അവതരണം ആമുഖമായിട്ട് ചില കാര്യങ്ങൾ പറയാം ഓം നമോ ഭഗവതി വൈവസ്വതായ മൃത്യവേ ബ്രഹ്മവിദ്യാചാര്യായ നച്ചിക്ക് ഭാഷ്യകാരൻ ഭാഷ്യം രചിക്കുമ്പോൾ രണ്ടാചാര്യന്മാരെയും നമസ്കരിക്കുകയാണ് ഉപംശത്തിൽ യമൻ ഗുരുവും നജികേദസ് ശിഷ്യനുമാണ് നമ്മൾ അധ്യയനം ചെയ്യുമ്പോൾ രണ്ടുപേരും ഗുരുകന്മാരാണ് അങ്ങനെ യമനിൽ നിന്ന് നജികേദസത്തിലേക്ക് പോയി നജികേദസ്സിൽ നിന്നാണ് ഇതിന്റെ വിദ്യ പ്രചരിച്ചത് വളരെ സനാതനമായ സമ്പ്രദായം അനുസരിച്ച് ഗുരുപരമ്പരയെ അങ്ങനെ ഗുരുപരമ്പരയെ സ്മരിക്കുകയാണ് ഇവിടെ ഓ നമോ ഭഗവത വൈവസ്തുതായ മൃത്യുവേ മൃത്യു യമൻ സൂര്യപുത്രനാണെന്ന് പറയുന്നതാണ് വൈവസ്തുതൻ്റെ പുത്രൻ വൈവസ്തുതൻ സൂര്യന്റെ പുത്രനാണെന്ന് പറയുന്നു കാലം സൂര്യന്റെ സൃഷ്ടിയാണല്ലോ കാലം അതുകൊണ്ട് കാലം സൂര്യപുത്രനാണെന്ന് പറയുന്നു കാലമാണ് സർവത്തി ഹനിക്കുന്നത് അതുകൊണ്ട് കാലൻ മരണദേവനായിട്ട് പറയുന്നു അങ്ങനെ വൈവസ്തുതായ മൃത്യം അങ്ങനെയുള്ള കാലദേവത മരണദേവത അതാണ് ആത്മവിദ്യയെ ഉപദേശിക്കുന്നത് അപ്പൊ ആത്മവിദ്യയെ മരണദേവനും ഉപദേശിക്കുന്നു പറയുന്നതിനും പ്രാധാന്യമാണ് കാരണം സർവ്വ സംഹാരി സർവസ്ഥയെ സംഹരിക്കുന്നവനായ യമൻ തന്നെയാണ് ഇതിനെ ഉപദേശിക്കുന്നതിന് ഏറ്റവും യോഗ്യനായ വ്യക്തി കാരണം ഇതിനുള്ള യോഗ്യതകളെ കുറിച്ച് പറയുന്നുണ്ട് കേൾക്കുന്നതിനുള്ള യോഗ്യത അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് വിഷയവൈരാഗ്യമാണ് വിഷയ അഭിമുഖമായ മനസ്സിന് ആത്മവിദ്യ ഇവിടെ തന്നെ പറയും കേൾക്കാൻ തന്നെ കിട്ടത്തില്ല കേട്ടാൽ തന്നെ മനസ്സിലാകത്തില്ല അന്തർമുഖമായ മനസ് പരാഞ്ച് ഖാനി വിതരണം നില ഭാഗത്തത് പറയും കഷ്ടധീര പ്രത്യേകിച്ച് അന്തർമുഖമായ മനസ്സിന് മാത്രമേ ഇത് അങ്ങനെ മനസ്സന്തർമുഖമാകുക വിഷയങ്ങളിൽ നിന്നും വിതൃഷ്ണമാകുക അങ്ങനെയുള്ള മനസ്സ് ആ മനസ്സിൽ മാത്രമേ ഇത് അങ്ങോട്ട് ഗ്രഹിക്കാൻ പറ്റൂ ശ്രവിച്ചാൽ കൂടിയും അങ്ങനെയുള്ള വിരക്തി മനസ്സിന് വരണമെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ വിഷയത്തിന്റെ ക്ഷണികതയെക്കുറിച്ച് ബോധമേ പ്രപഞ്ചക്ഷണികതയെ കുറിച്ച് ബോധിപ്പിക്കുന്ന തത്വം അതാണ് ഇവിടെ പറയുന്ന യമൻ എന്ന് പറയുന്നത് സർവവും യമനധീനമാണ് ഇവിടെ നജികം പറയും സർവവും അങ്ങേക്ക് അധീനമാണെന്നും അപ്പൊ അപ്പോ ഈ ഭോഗ സാധനങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല കാരണം ഇതെല്ലാം അങ്ങേക്ക് അധീനമാണ് ഏത് അങ്ങനെ സർവ പ്രാബന്തിക വിഷയങ്ങളുടെയും ക്ഷണികത ആ ക്ഷണികതയെ സൂചിപ്പിക്കുകയാണ് ഈ യമൻ എന്ന് പറയുന്ന തത്വം അതിനെ ധരിക്കുന്ന ഒരുവിന് മാത്രമേ ആത്മവിദ്യയോട് താല്പര്യം വരുത്തും അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു അധികാരിക്ക് വേണ്ടി അങ്ങനെയുള്ള ഒരു അധികാരിയാണ് ഇവിടെ നച്ച കേതസ്സായിട്ട് അവതരിപ്പിക്കുന്നത് യോഗ്യനായ അതിനെ പറ്റി ഒരു ഗുരുവിനെ ഇവിടെ അവതരിപ്പിക്കുന്നു കാലസ്വരൂപിയായിരിക്കുന്ന യമന് അപ്പൊ വിദ്യ പ്രാപിക്കേണ്ട കാലം സമയം വരുമ്പോ ഈ സർവർക്കും ഈ കാലസ്വരൂപിയായ യമൻ ഈ വിദ്യ ഉപദേശിച്ചു വന്ന സർവജീവന്മാർക്കും സമയം വരണം ഒരിക്കലെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ എന്നാലസ്വരൂപിയായ ദേവതയിൽ നിന്നും എല്ലാ ജീവന്മാരും ഇതെങ്കിലും രഹിക്കേണ്ടി വരും കാരണം കാലത്തിന് കാലത്തിന്റെ പരിഛിന്നതയും അന്തർഭവിച്ചിരിക്കുകയാണ് എല്ലാ ജീവന്മാരും എന്നെങ്കിലും ഒരിക്കൽ അത് ഈ വിദ്യ അങ്ങനെ സ്വീകരിക്കേണ്ടി വരും അതു കൂടെ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ വിദ്യയുടെ ആചാര്യനായ സർവീയ ആളാണ് ഈ കാലൻ യമൻ അങ്ങനെയുള്ള യമനെ നമസ്കരിക്കുന്നു ബ്രഹ്മവിദ്യാചാര്യ ബ്രഹ്മവിദ്യയുടെ ആചാര്യനാണ് അദ്ദേഹം നജികേദസ് നജികേദസ് നജികേദസ്സാണ് പിന്നീട് ഇത് ഈ വിദ്യ അതുകൊണ്ട് നജികേദസ് ബ്രഹ്മവിദ്യയുടെ ആചാര്യനുമാണ് വൈദികമായ സങ്കല്പനുസരിച്ച് യമൻ എന്ന് പറയുന്നത് ഒരധികാരി പുരുഷനാണ് അധികാരമുള്ള പുരുഷൻ ഒരു കല്പത്തിൽ യമകൃത്യങ്ങൾ സംയമന കൃത്യം ചെയ്യുന്നതിന് അധികാരിയായിട്ടുള്ള ഒരു ദേവനാണ് യമൻ യമൻ മുക്തപുരുഷനാണ് പ്രാരബം ഒരു കർമ്മത്തിലിരിക്കുകയാണ് കൽപ്പാന്തം വരെ ഹിരണികർഭനെ പറയുന്നത് അർപാന്തത്തിൽ മുക്തനായി തീരുന്നയാളാണ് അതായത് പ്രാരംഭം അവസാനിപ്പിച്ച് മുക്തനായി തീരുന്നയാളാണ് ഒരു ജീവൻ യമപദവിയിലെത്തുന്നത് ഉപാസന കൊണ്ടാണ് ഉപാസനയുടെ ഫലമായിട്ടാണ് അങ്ങനെയുള്ള യമദേവനാണ് ഇവിടെ മുക്തനായി ഇരുന്നുകൊണ്ട് തന്നെ പ്രവെന്റീവ് കൃത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന യമദേവനാണ് ഇവിടെ ഉപദേശിക്കുന്നത് അതുകൊണ്ട് യമദേവനെയും സമ്പ്രദായം അനുസരിച്ച് ഗുരുപരമ്പരെ അനുസ്മരിച്ചുകൊണ്ട് ബ്രഹ്മവിദ്യയിലേക്ക് കടക്കുക എന്നുള്ള ആ സമ്പ്രദായത്തെ അനുസരിച്ചുകൊണ്ട് ഇവിടെ ഭാഷകാരൻ രണ്ടു ഗുരുക്കന്മാരെയും നമസ്കരിക്കുകയാണ് പറയുന്നു അധ കാഠകോപനിഷത്വ ലീന സുഖാർത്ഥ പ്രബോധനാർത്ഥം അൽപഗ്രന്ഥത്തിൽ ആരഭ്യതയും മംഗളാചരണമായിട്ട് പറഞ്ഞിരിക്കുകയാണ് കാഠകോ ഉപനിഷദ്വല്ലി നാം കാഠക ഉപനിഷദ്വല്ലികൾ വല്ലികൾ എന്ന് പറയുന്നത് ഇവിടെ പറയുന്ന ഈ മന്ത്രങ്ങൾ ശ്ലോകങ്ങൾ ഇതിന്റെ സുഖ അർത്ഥപ്രബോധനാർത്ഥം സുഖം അനായാസം അനായാസമായി അർത്ഥപ്രബോധനാണ് അർത്ഥത്തെ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രബോധനം വ്യക്തമായി മനസ്സിലാക്കി അതിനുവേണ്ടി അൽപഗ്രന്ഥാവൃത്തി അല്പഗ്രന്ഥം എന്ന് വെച്ചാൽ അല്പ അക്ഷരങ്ങളുള്ള അക്ഷരങ്ങൾ കുറവുള്ള അല്പഗ്രന്ഥങ്ങളുള്ള ഗ്രന്ഥം എന്ന് പറയുന്നതിന് ഒരു കണക്കുണ്ട് ഇത്ര അക്ഷരങ്ങൾ കൂടി ചേരുമ്പോ ഒരു ഗ്രന്ഥം എന്നാണ് ഇപ്പൊ ഇരുപത്തി ഒന്നക്ഷരത്തെ ഒരു ഗ്രന്ഥമായി കണക്കാക്കാം ഇരുപത്തിനാലക്ഷരം ഒരു ഗ്രന്ഥമായി കണക്കാക്കാം അങ്ങനെ പല കണക്കുകളുണ്ട് ഗ്രന്ഥത്തിൽ അപ്പൊ അങ്ങനെ ഇത്ര അക്ഷരങ്ങൾക്ക് കൂടിച്ചേരുന്നതിന് വരുന്നൊരു പേരാണ് ഗ്രന്ഥം എന്ന് പറയുന്നത് അങ്ങനെയുള്ള അല്പഗ്രന്ഥങ്ങൾ വളരെ കുറച്ച് ഗ്രന്ഥങ്ങൾ നമ്മൾ സാധാരണ ഗ്രന്ഥം എന്ന് വെച്ചാൽ പുസ്തകം എന്ന് പറയും ഇവിടെ അർത്ഥത്തില്ല സംസ്കൃതി പ്രയോഗിക്കുന്നത് അക്ഷര സംഖ്യ കൊടുത്തിരിക്കുന്ന ഒരു സാങ്കേതിക സജ്ഞയാണ് ഗ്രന്ഥം എന്ന് പറയുന്നത് അല്പഗ്രന്ഥ വളരെ കുറച്ച് ഗ്രന്ഥങ്ങളുള്ള കുറച്ച് അക്ഷരങ്ങളുള്ള വൃത്തി വ്യാഖ്യാനം ആരഭ്യതയെ ആരംഭിക്കപ്പെടുന്നു കാരണം വൃത്തി എന്ന് പറയുന്നതും ലഘു വ്യാഖ്യാനത്തിനാണ് വൃത്തി എന്ന് പറയുന്നത് വൃത്തി എന്ന നാം പറയുന്ന ശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട് പക്ഷെ കൊതിയ വൃത്തി എന്ന് പറഞ്ഞാൽ കുറച്ച് ശബ്ദത്തിൽ ഒരു വ്യാഖ്യാനം എഴുതുക വൃത്തി എന്ന് പറയുന്നത് നമ്മൾ ഇതിന ഭാഷണമെന്ന് പറയുന്നത് അല്പഗ്രന്ഥത്തില വൃത്തി ആരംഭിക്കപ്പെടുകയാണ് വ്യാഖ്യാനം ഇവിടെ കാഠോ ഉപനിഷത്വ ലീനെന്ന് പറഞ്ഞു കാഠകുന്നത് പ്രസിദ്ധമാണ് അറിയാം കഠൻ എന്ന ശാഖയാണിത് ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ് ഞാൻ അടുത്ത് പറയുന്നത് സതേർ ധാതോർ വിചരണ വ്യക്തിഅസാധനാർത്ഥ്യപൂർവസ് പ്രത്യാന്തരം ഉപനിഷ ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദം ശ്രദ്ധിക്കുന്നതിന് വേണ്ടി പാണിനി മഹർഷി എന്ന ഒരു സൂത്രം ഉണ്ടാക്കിയിട്ടുണ്ട് ആ സൂത്രത്തിൽ എന്താണ് ചെയ്യുന്നത് ധാതുപാഠത്തിലു പറയുന്നത് വിശരണ ഗതി അവസാധന യോഗു എന്നാണ് ധാതു പറയുന്നത് സത്ഥാ നമ്മൾ മനസ്സിലാക്കിയാൽ മതി ആ വിശരണം ഗതി അവസാദനം എന്ന മൂന്നർത്ഥങ്ങളുണ്ട് അവസാധനം നശിക്കുക വിശരണം ശിഥിലമാകുക ഗതി ഗമനം ഇങ്ങനെ മൂന്നർത്ഥ വിശരണം സാധനം പിളരുക എന്നാണ് വിശരണം എന്ന് പറയുന്നത് പിളർന്നു പോവുക കീറിപ്പോവുക എന്നൊക്കെ വിശരണം എന്ന് പറയാം അവസാധനത്തിന് നാശം ക്ഷയിക്കുക വാടിപ്പോവുക എന്നൊക്കെ അവസാദനം ഗതി എന്ന് വെച്ചാൽ സാധനം പോവുക പ്രാപിക്കുക എന്നൊക്കെയുള്ള അർത്ഥം ഇമൂന്നർത്ഥത്തിൽ ഈ സബ്ധാതു ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ തന്നെ ഉപസർഗങ്ങൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ വളരെയധികം അർത്ഥവ്യത്യാസങ്ങൾ വരും അങ്ങനെ ധാരാളം അർത്ഥവ്യത്യാസങ്ങളോടുകൂടി ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ് ഈ സബ്ധാതു ഇവിടെ രണ്ട് ഉപസർഗങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉപ്പനി പൂർവശി ഉപ്പ നീ എന്ന് പറയുന്ന രണ്ടോണം ഉപസർഗങ്ങളാണ് ഒരു ധാതുവിനോട് അതിന്റെ മുമ്പിലായി ലൗകികഭാഷയിൽ സാധാരണ ഒരു ധാതുവിന് മുമ്പിലായി ചേർക്കുന്ന ശബ്ദങ്ങൾ അതാണ് ഉപസർഗങ്ങൾ ഒന്നോ രണ്ടോ വർഷങ്ങളായിരിക്കും എന്നിങ്ങനെ വരുന്ന ഉപസർഗങ്ങളുണ്ട് ഈ ഉപസർഗങ്ങൾ ചേർക്കുന്നുകൊണ്ട് ധാതുവിന്റെ അർത്ഥത്തിന് വ്യത്യാസം വരും ചിലപ്പോ ആ ധാതുവിന്റെ ധാതുപാഠത്തിന്റെ അർത്ഥം പൂർണ്ണമായും മാറ്റിക്കളി വേറെയൊരു അർത്ഥമായിരിക്കും അവിടെ വരുന്നത് ചിലപ്പോ എന്താണ് ധാതുവിന്റെ അർത്ഥം വിപരീതമായ അർത്ഥം വരും ചിലപ്പോ ധാതുവിന്റെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തും എന്തർത്ഥ ഭേദർഗർത്തോണ്ടാവും ആ ധാതുവുമായിട്ട് ആ ധാതുവിന്റെ ധാതുപാഠത്തിലുള്ള അർത്ഥമായിട്ട് ഒരു ബന്ധമില്ലാത്ത അർത്ഥങ്ങളും വരാം ഉസർഗങ്ങളുടെ പ്രത്യേകത അങ്ങനെയുള്ള ഊപ്പനി എന്ന് പറയുന്ന രണ്ട് ഉപസർഗങ്ങൾ സത് ധാപനോട് ചേർത്തതിനു ശേഷം അതിൽ നിന്ന് കിഫ് എന്ന് പറയുന്ന ഒരു പ്രത്യേകം പാണിനിയുടെ വ്യാകരണത്തിലുള്ളതാണ് അങ്ങനെ ഒരു പ്രത്യേകം അവരോട് ചേർത്തപ്പോ ഉപനിഷദ് എന്ന് തോന്നുന്നു പിന്നെ മറ്റ് സന്ധികാര്യങ്ങൾ സമാസങ്ങൾ എല്ലാം അവിടെ ചെയ്ത് ഉപനിഷത്ത് എന്ന് പറയുന്ന രൂപത്തെ നിഷ്പാദിപ്പിച്ചു സാധാരണ സംസ്കൃതത്തിൽ രണ്ടു തരത്തിലുള്ള ശബ്ദങ്ങളാണുള്ളത് വിപന്ന ശബ്ദങ്ങളും രൂഢ ശബ്ദങ്ങളും അപ്പൊ വിൽപ്പന്ന ശബ്ദങ്ങൾക്കാണ് നിയമങ്ങളുണ്ടാക്കുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഒരു ശബ്ദം കേട്ടിരുന്ന എന്താണ് അതിന്റെ വിത്പത്തി ചോദിക്കുന്നത് ഈ വിപന്ന ശബ്ദങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ശബ്ദങ്ങൾക്കുള്ള വിത്പത്തി അതാണ് വ്യാകരണം എന്ന് പറയുന്ന ശാസ്ത്രം കൈകാര്യം അപ്പൊ വ്യാകരണം അറിഞ്ഞിരിക്കുന്ന ഒരാളിന് ഒരു ശബ്ദം കണ്ടു കഴിഞ്ഞാൽ അതിന്റെ വിപത്തി എന്താണെന്ന് മനസ്സിലാവുന്നത് അതായത് എന്താണ് ആ ശബ്ദത്തിന്റെ ശരിക്കുള്ള അർത്ഥം അത് മനസ്സിലാക്കാം വ്യാഖ്യാനം വൃത്തി ഭാഷ്യം എന്നെല്ലാം നമ്മൾ പറയുന്നത് പ്രധാനമായിട്ട് ശബ്ദവിത്പത്തിയാണ് വ്യാഖ്യാനിക്കുന്നവരെന്താണ് ചെയ്യുന്നത് ആ ശബ്ദത്തിന്റെ വിൽപ്പത്തി എന്താണെന്ന് നമുക്ക് കാണിച്ചു തരികയാണ് ആ ശബ്ദത്തിന്റെ ശരിയായിട്ടുള്ള അർത്ഥം അതുകൊണ്ട് ഈ ഭാഷ സംസ്കൃത ഭാഷയിൽ എഴുതിയിട്ടുള്ള ഇത്തരം ഗ്രന്ഥങ്ങളെല്ലാം വ്യാഖ്യാനിക്കുന്നവർക്ക് ആ ഭാഷയിൽ നിന്ന് വ്യാഖ്യാനിക്കുന്നവർ അവര് വിൽപ്പന്നന്മാരായിരിക്കണം എന്ന് പറയും അതായത് ആ ശബ്ദശാസ്ത്രത്തെക്കുറിച്ച് ശരിക്ക് ബോധമുള്ളവരായിരിക്കണം ശബ്ദശാസ്ത്രത്തെക്കുറിച്ചും ശരിയായിട്ടുള്ള ബോധം അങ്ങനെയാണ് വിൽപ്പത്തി എന്ന് പറയുന്നത് അതിനാ സാഹിത്യത്തിന്റെ സ്വഭാവം അനുസരിച്ച് വ്യാകരണം അലങ്കാരം നൃത്തം തുടങ്ങി എല്ലാ വിഷയങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു കോശം എല്ലാ വിഷയങ്ങളും അറിഞ്ഞിരിക്കണം അറിഞ്ഞിരുന്നാല് ശരിക്കും ആ ഭാഷയിൽ നിന്ന് ശരിയായിട്ടുള്ള അർത്ഥത്തെ നിഷ്പാദിപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ള അർത്ഥ നിഷ്പാദനം അതിനാണ് വ്യാഖ്യാനം പറയുന്നത് അപ്പൊ ആശ്രയിക്കുന്നത് വ്യാകരണത്തെയാണ് അതുകൊണ്ടാണ് ആ വ്യാകരണത്തിന്റെ നിയമം അനുസരിച്ചിവിടെ അർത്ഥത്തെ പറയുന്നത് അങ്ങനെയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാവന അനുസരിച്ച് കൽപ്പന അനുസരിച്ച് ഒരാൾക്ക് എന്തർത്ഥവും പറയാം തന്റെ പ്രാഥമികമായ നിയമങ്ങളെപ്പോലും അനുസരിക്കുക എന്തർത്ഥവും ഒരാൾ കൽപ്പിച്ച് പറയാം അങ്ങനെ കൽപ്പിക്കാൻ പാടില്ല തന്റെ വ്യാഖ്യാനം ആധികാരികമാണമെങ്കിൽ ആ നിയമങ്ങളെ അനുസരിച്ചേ പറ്റും ഇതാണ് ഞാൻ സാധാരണ പറയാറുള്ളത് നമ്മുടെ മലയാളത്തിൽ ഇതെല്ലാം വ്യാഖ്യാനം എഴുതുന്നവർ കൂടുതലും അവരുടെ ഭാവന കൽപ്പനയ്ക്കനുസരിച്ചാണ് പുതുപുത്തിനൊക്കെ പത്തും അഞ്ഞൂറും ആയിരവും പേരുള്ള വരെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന യാതൊരു നിയമങ്ങളും അനുസരിക്കാതെ അവരവരുടെ ഭാവനയും കൽപ്പനയും അനുസരിച്ചു ഇവിടെ ധാരാളം ബുദ്ധികൾ ഉള്ളതുകൊണ്ട് അത്തരം പുസ്തകങ്ങൾക്ക് ചെലവ് കൂടുതലാണ് കാരണം പൊതുജനത്തിന് ഇതിനെ ആരെന്തെഴുതാനും അതിനാണ് ആൾക്കാരെ കിട്ടും വായിക്കാനാളെ കിട്ടും അവരുടെ ആശയങ്ങളും സങ്കല്പങ്ങളും എല്ലാം ഉപനിഷത്തിന്റേതാണ് അത് തെറ്റിദ്ധരിപ്പിക്കും അറിഞ്ഞു അറിയാതെ അവർ തെറ്റിദ്ധരിപ്പിക്കുന്നു അങ്ങനെ ഒരു കുഴപ്പമുണ്ട് അപ്പോൾ ഭാഷയും മറ്റും അങ്ങനെയല്ല ഇതുപോലെയുള്ള വ്യാഖ്യാതാക്കൾ എഴുതുമ്പോൾ അവരുടെ ആശയം എന്തോ ആയിക്കൊള്ളട്ടെ അവരുടെ ആശയങ്ങളിൽ വ്യത്യാസം പക്ഷേ അവന്റെ പ്രാഥമികമായ നിയമങ്ങളെ തിരിച്ചിട്ട് വ്യാഖ്യാനം തുടങ്ങത്തി അതവര് അതിന്റെ പദാർത്ഥത്തെ നിഷ്പാദനം ചെയ്യുന്നിടത്തും മറ്റും അതിനൊരു പിന്തുണ വ്യാകരണത്തിന്റെയും മറ്റ് ശാസ്ത്രങ്ങളുടെയും പിന്തുണയോടുകൂടി അത് ചെയ്യട്ടു വ്യാഖ്യാനങ്ങളിലും വിശദീകരണങ്ങളിലുമാണ് അവരവരുടെ കാഴ്ചപ്പാട് കൊണ്ടുവരുന്നത് അതുകൊണ്ട് പ്രാഥമികമായ നിയമങ്ങളെ അവർ സ്വീകരിക്കുന്നു അതാണ് ഇന്നുള്ള വ്യാഖ്യാതാക്കളും പഴയ വ്യാഖ്യാതാക്കളും വ്യത്യാസം അപ്പൊ പഴയ വ്യക്തകളുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ട് ഉണ്ടെങ്കിൽ അവർ നമുക്ക് മനസ്സിലാകും ഇവിടെ നിന്നാണ് അഭിപ്രായം വ്യത്യാസപ്പെടുന്നവക്ഷെ അവർ തുടങ്ങുന്നത് ശരിയായ രീതിയിൽ നിന്നായിരുന്നു ഈ വിത്പന്ന ശബ്ദങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ അർത്ഥം ധാതുവിൽ നിന്ന് അതിന്റെ റൂട്ട് അവിടെ നിന്ന് തുടങ്ങണം ഏത് ധാതുവിൽ നിന്നാണ് ആ ശബ്ദം ഉണ്ടായത് ആ ശബ്ദത്തിൽ എന്തെല്ലാം സംഭവിച്ചിട്ടാണ് ഇങ്ങനെ ഒരു അർത്ഥം വന്നത് അത് വിശദീകരിക്കേണ്ടി വരും അല്ലെങ്കി ശബ്ദത്തിൽ വേറെ എന്തെങ്കിലും എനിക്ക് ഇന്ന അർത്ഥമാണ് തോന്നുന്ന എനിക്കൊരു അർത്ഥം പറയാം പക്ഷെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രാമാണികമാണോ അതിനെന്തെങ്കിലും പിൻവലമുണ്ടോ എന്ന് പറയും എൻ്റെ അർത്ഥം നിർണ്ണയിക്കുന്നതിന് വ്യാകരണം മാത്രമല്ല വളരെ വളരെ വളരെ നിയമങ്ങൾ പറയുന്നുണ്ട് വളരെ നിയമങ്ങളുണ്ട് അത് തന്നെ ഒരു വലിയ അതിവിപുലമായൊരു ശാസ്ത്രമാണ് ശബ്ദവിപ്പത്തി എന്ന് പറയുന്നത് പക്ഷെ എന്തായാലും അതിന് ചില നിയമങ്ങളെ അവർ പിന്തുടരുന്നു എന്നുള്ളതാണ് അതേസമയം രൂഢ ശബ്ദങ്ങൾ ഞാൻ നേരത്തെ തരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ട് ശബ്ദങ്ങളാണെങ്കിൽ അതിന് പ്രത്യേകിച്ച് അങ്ങനെ വിപത്തിയുടെ ആവശ്യമില്ല എന്തർത്ഥമാണോ തലമുറ തലമുറകളായി കൈമാറി വരുന്നത് അർത്ഥത്തെ ചില ശബ്ദങ്ങൾ ഇന്ന ധാതുവിൽ നിന്നോ ഇന്ന നിയമം അനുസരിച്ച് പണിനി എന്നെ പറയുന്നില്ല പറയാത്ത അങ്ങനെ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആ ശബ്ദങ്ങൾ ചില നിശ്ചിതമായ അർത്ഥത്തിൽ പരമ്പരയായിട്ട് ഉപയോഗിച്ച് വരുന്നു ആ അർത്ഥത്തെ ഇനിയും വ്യാഖ്യാനിച്ച് മാറ്റാനൊന്നും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് രൂഢ ശബ്ദങ്ങൾ എന്ന് പറഞ്ഞ് കുറെ ശബ്ദങ്ങൾ അങ്ങ് മാറ്റിയിട്ടുണ്ട് കുറേ ശബ്ദങ്ങൾ വിൽപ്പന്ന ശബ്ദങ്ങൾ പലതരത്തിലുള്ള അർത്ഥം വരാൻ സാധ്യതയുള്ളതും പലതരത്തിൽ പ്രയോഗിക്കുന്നതും കാരണം ഈ വിത്പത്തിൽ വിൽപ്പന്ന ശബ്ദങ്ങൾ പൊതുവെ ഒരേ അർത്ഥത്തിൽ തന്നെ പ്രയോഗിച്ചു വരുന്നത് അല്ലെങ്കിൽ നിശ്ചിതമായ രണ്ടോ മൂന്നോ അർത്ഥങ്ങൾ പ്രയോഗിച്ചു വരുന്നതല്ല രൂഢ എല്ലാ രൂഢ ശബ്ദങ്ങൾക്കും വിൽപ്പത്തി കണ്ടുപിടിക്കുന്ന വ്യാകരണന്മാരുണ്ട് അങ്ങനെയുള്ള വ്യാകരണന്മാരുണ്ട് എന്താ ഇവിടെ ഈ ശബ്ദത്തിന്റെ വിൽപ്പത്തി പറഞ്ഞിരിക്കുകയാണ് ഉപ്പാ നീപൂർവത്തിലുള്ള ശതധാതു നിന്നും പണിനീയ അനുസരിച്ച് കിപ്പ് എന്ന് പറയുന്ന ഒരു പ്രത്യേകം വന്നു രൂപമാണ് ഉപനിഷത്ത് ഉപനിഷ് ഇതെല്ലാം ശരിയായ രീതി പഠിക്കണമെങ്കിൽ സംസ്കൃതം തന്നെ പഠിക്കണം ഇത് നമ്മളെ പോലെയുള്ളവരിത് പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആര് പഠിക്കുമെന്നുള്ള ചോദ്യത്തില്ലെങ്കിലും നമ്മൾ സമാനം പറയണം നമ്മളെ പഠിക്കുന്നുണ്ട് പിന്നെ ഇത് ആര് സംസ്കൃതം അത് പഠിച്ചിരിക്കുന്ന എന്നാൽ ഇതൊക്കെ വ്യക്തമാവും കുറച്ചുകൂടി ഉപനിഷി എന്താണ് ഉപനിഷബ്ദത്തിന്റെ അർത്ഥം ഉപനിഷേന ചിഖാസിത ഗ്രന്ഥപ്രതിപാദ്യ വേദ്യ വസ്തുവിഷയ വിദ്യ ഉപനിഷത്ത് എന്നുള്ളതോടുകൂടെ പറയുന്നത് വിദ്യ എന്നാണ് ഉപനിഷ ശബ്ദത്തിന്റെ അർത്ഥം ഉപനിഷബ്ദത്തിന് പല അർത്ഥങ്ങളും പറയും ഇവിടെ പറയുന്ന അർത്ഥം എന്താണ് വിദ്യ എന്നർത്ഥം എന്നാണ് ഉപനിഷ് ശബ്ദത്തിന്റെ അർത്ഥം എന്ത് ജ്ഞാനം അതാണ് അടുത്തു പറയുന്നത് താല്പര്യപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥം ഇനി വരുന്ന ഭാഗമാണ് ആ ഗ്രന്ഥത്തിൽ പ്രതിപാദ്യം പ്രതിപാദനം ചെയ്യപ്പെടുന്ന വേദ്യ വസ്തു അറിയപ്പെടേണ്ട വസ്തു ഇവിടെ ഈ ഗ്രന്ഥത്തിൽ നമ്മളറിയാൻ ആഗ്രഹിക്കുന്ന വസ്തു എന്താണ് ബ്രഹ്മം പരമാത്മാവ് തദ്വിഷയ അതിനെ വിഷയമാക്കുന്ന വിദ്യ ആത്മവിദ്യ എന്നായിരുന്നു നേരത്തെ പറഞ്ഞ വിദ്യ എന്ന് പറയുന്നത് ഇവിടെ ആത്മവിദ്യ എന്നായിരുന്നു ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന് ഭാഷ്യകാരൻ പറയുന്ന അർത്ഥം ആത്മവിദ്യ എന്നാണ് അപ്പൊ ഉപനിപൂർവത്തിലുള്ള സദ്ധാതുവിന്റെ രൂപമാണ് ഉപനിഷത്ത് എന്ന് പറഞ്ഞു ആ ശബ്ദത്തിന്റെ അർത്ഥം വിദ്യയാണെന്നും പറഞ്ഞു ഇവിടെ ചോദിക്കുന്നത് ഈ ശബ്ദവും ഈ പറഞ്ഞ അർത്ഥവുമായിട്ട് എന്താ ബന്ധം അതാണ് കേന പുനരർത്ഥയോഗേന ഉപനിഷ ശബ്ദേന വിദ്യാ ഉച്ചത് കേനു പുനരർത്ഥയോഗേന എന്ത് അർത്ഥയോഗം എന്തർത്ഥവിപത്തിയിലൂടെയാണ് യോഗം എന്ന് ശക്തി ശബ്ദത്തിന്റെ അർത്ഥവുമായിട്ടുള്ള ബന്ധം ഇവിടെ യോഗം എന്ന് പറയുന്നത് യോഗത്തിന് പല അർത്ഥങ്ങളുണ്ട് ഇവിടെ അർത്ഥയോഗം ശബ്ദവും അർത്ഥവുമായിട്ടുള്ള ശക്തി എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ ഈ ശബ്ദവും ഈ അർത്ഥവുമായിട്ടുള്ള ബന്ധം എന്താണ് അത് എല്ലാ ദാർശനികന്മാരും സ്വീകരിച്ചിരിക്കുന്ന ഒരു പൊതു തത്വമാണ് ഓരോ ശബ്ദത്തിനും അതാതിന്റെ അർത്ഥങ്ങളോട് ഓരോ ബന്ധമുണ്ട് അനവർ പറ പേരാണ് ശക്തി എന്ന് പറയും വൃത്തിയെന്നും പറയും പുതിയ ശക്തി വൃത്തി എന്ന് പറയുന്നു എന്തുകൊണ്ട് ഗോ പശുവിന് പറയുന്ന പേരാണ് ഗോ ഗോ എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആ ശബ്ദത്തിന്റെ അർത്ഥം അറിയാവുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ ഒരു വസ്തുവിന്റെ രൂപം ഉണ്ടാവുന്നു എപ്പോ ആ ശബ്ദം കേട്ടുകഴിഞ്ഞാല് ഒരു വസ്തുവിന്റെ രൂപം തന്നെ മനസ്സിൽ കടന്നു എന്തുകൊണ്ട് ഇത് കടന്നു വരുന്നു വസ്തുവിന്റെ രൂപം എന്തുകൊണ്ട് മനസ്സിലേക്ക് കടന്നു വരുന്നു ഗോ എന്ന് പറയുമ്പോൾ പുസ്തകത്തിന്റെ രൂപമോ മേശയുടെ രൂപമൊന്നും വരുന്നില്ല മറിച്ച് ഒരു വസ്തുവിന്റെ ഒരു ബന്ധ മനസ്സിലേക്ക് നിശ്ചിതമായും കടന്നു വരുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു പറയുന്നത് ഗോ എന്ന് പറയുന്ന ശബ്ദവും ആ വസ്തുവുമായിട്ടൊരു ബന്ധമുണ്ട് അങ്ങനെ ഒരു ബന്ധം നിശ്ചിതമായിരിക്കുന്നതുകൊണ്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ അർത്ഥബോധം ഉള്ളിലുണ്ടാവും ശബ്ദവിപ്പത്തി എന്ന് പറയുന്നത് ഈ ശബ്ദവും ഈ അർത്ഥവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചിന്തയാണ് വേറെ തരത്തിൽ പറഞ്ഞു ആ ബന്ധങ്ങൾ പലതരത്തിൽ വരാം അതിനെയാണ് ശക്തി ലക്ഷണ വ്യഞ്ജന എന്നെല്ലാം നമ്മൾ പഠിക്കുന്നത് പലതരത്തിലുള്ള ബന്ധങ്ങൾ വരാം അതുകൊണ്ട് തന്നെ ഒരു ശബ്ദത്തിന് പലതരത്തിലുള്ള അർത്ഥം വരാം സഖ്യം ലക്ഷ്യം ലംഘ്യം ഇങ്ങനെയുള്ള അർത്ഥഭേദങ്ങളൊക്കെ വരുന്നത് ഇത് നമ്മൾ മറ്റ് ശാസ്ത്രഭാഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടതാണ് അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഗേന പലരോ ഗേന എന്ത് അർത്ഥബന്ധം എന്ത് ശക്തി അർത്ഥശക്തി കൊണ്ടാണ് ഉപനിഷ ശബ്ദ ശബ്ദം കൊണ്ട് വിദ്യ ഉച്ച എന്നുള്ള അർത്ഥം പറഞ്ഞത് എന്നാണ് ഇ റ്റീച്ചിരെ ഇക്കാര്യം വിശദമാക്കാം എന്ന് പറയുകയാണ് ഇവിടെ ഒരു ചോദ്യോത്തരൂപത്തിലാണ് ഭാഷത്തിന്റെ ശൈലി എല്ലാ സ്ഥലത്തും അങ്ങനെ ഒരാളെ ചോദിക്കുന്നു ഒന്നുകിലൊരു പൂർവ്വ സിദ്ധാന്തക്കാരനാകാം അല്ലെങ്കിൽ ശിഷ്യനാകാം ജിജ്ഞാസു ആകാം അങ്ങനെ രണ്ടുപേരും നമ്മളുടെ ചോദ്യോത്തര രീതിയിലാണ് ഇവിടെ വിഷയങ്ങളെ പ്രതിപാദനം ചെയ്യുന്നത് എന്താണ് ഉപനിഷ ശബ്ദത്തിന് ആത്മവിദ്യമോദിനം കത്ത് മോക്ഷ ദൃഷ്ടനശ്രഷയ വിതൃ സന്തോ ഉപനിഷത്ത് ശദവാച്യം വക്ഷ്യമാണഘട്ട വിദ്യം ഉപസദ്യ ഉപഗമ്യ തന്നിഷയ നിശ്ചയ ശീലയു എന്തുകൊണ്ട് വിദ്യ ഉപനിഷത്തെന്ന് പറയുന്നു ോക്ഷത്തെ ആഗ്രഹിക്കുന്നവർ സംസാര ബന്ധനത്തിൽ നിന്നും ജനന ജീവിത മരണങ്ങളിൽ നിന്നും മോചനം നേടാൻ ആഗ്രഹിക്കുന്നവർ എങ്ങനെയുള്ളവർ ദൃഷ്ട ആനുശ്രവികഹസന്ത പ്രത്യക്ഷമായി കാണപ്പെടുന്നതാണ് ദൃഷ്ടം ഈ ലോകത്തിൽ വരുന്ന വിഷയങ്ങളാണ് ദൃഷ്ടവിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ ജന്മത്തിന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ദൃഷ്ടവിഷയങ്ങൾ ഗോഭൂ ഹിരണ്യികളെന്ന് പറയും സമ്പത്തുകളല്ല അതെല്ലാം ദൃഷ്ടവിഷയങ്ങളാണ് ആനുശ്രവികം അനുശ്രവോ വേദ അനുശ്രവെന്ന് പറയുന്ന വേദമാണ് വേദത്തിൽ പ്രതിപാദിക്കപ്പെടുന്നതാണ് ആനുശ്രവികൾ വേദത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങൾ ആനുശ്രവികൾ സ്വർഗവും മറ്റും അങ്ങനെയുള്ള വിതൃഷ്ണാഹസന്ധ വിദഗ്ധരായിട്ട് നടത്തും വിഷയവിരക്തരായ മുക്കൾ നടത്തും അവരെന്ത് ചെയ്യുന്നു ഉപനിഷത്ത് ശബ്ദവാക്യം ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ വാക്യം അർത്ഥമായിരിക്കുന്ന വാക്യാർത്ഥമായിരിക്കുന്ന വക്ഷ്യമാണ് ലക്ഷണം ഭക്ഷ്യമാണ് ഇനി പറയാൻ പോകുന്ന ലക്ഷണം സ്വരൂപത്തോടുകൂടിയിരിക്കുന്ന അതിന്റെ സ്വരൂപത്തെ ഈ പറയും എന്താണ് വിദ്യ അതാണ് ഇനി വരുന്ന വല്ലുകളിൽ വിശദീകരിക്കുന്നത് അങ്ങനെയുള്ള ലക്ഷണത്തോടുകൂടിയിരിക്കുന്ന വിദ്യ പറഞ്ഞ ഉപസദ്യ ഉപഗമ്യ ആ വിദ്യ പ്രാപിച്ചിട്ട് ആ വിദ്യയെ പ്രാപിച്ചിട്ട് എന്തു ചെയ്യുന്നു തന്നിഷ്ഠതയാ ആ ്രഹ്മവിദ്യയിൽ നിഷ്ഠയോടുകൂടി അത് തന്നെ വിശദീകരിക്കുന്നു നിഷ്ഠയ ശിരേന്തി നിശ്ചയപൂർവകമായി ശീലിക്കുന്നു നിഷ്ഠയോടുകൂടി ശീലിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് മറ്റു തരത്തിലുള്ള ഒരു തരത്തിലുള്ള വിളംബങ്ങളും വരുത്താതെ തുടർച്ചയായിട്ട് ദൃഢതയോടുകൂടി സതു ദീർഘകാല സസ്കാര ആശയവിദു ദൃഢഭൂമി എന്ന് യോഗശാസ്ത്രം പറഞ്ഞിരിക്കുന്നു വളരെ ശ്രദ്ധയോടുകൂടി ദീർഘകാലം നിരന്തരമായി ആരാണോ ശീലിക്കുന്നത് ഈ പറയുന്ന വിദ്യയെക്ഷൂണം ആ മുമക്ഷക്കളുടെ അവിദ്യ സംസാരബീജ അവിദ്യ തുടങ്ങിയ സംസാര അവിദ്യ കാമക്രോധാദികൾ അതിന്റെ ഫലമായി വരുന്നു അഹന്ത മമത രാഗദ്വേഷങ്ങൾ അങ്ങനെ അവിദ്യാദികൾ എന്തൊക്കെയാണ് എന്ത് സംസാരത്തിന് ഇവയെല്ലാം വിശരണ നേരത്തെ പറഞ്ഞല്ലോ വിശരണ ദിവസാധനം മൂന്ന് അർത്ഥങ്ങളുണ്ടെന്ന് പറഞ്ഞു അതിന് വിശരണം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് ഹിംസന അതിന്റെ അർത്ഥം അല്ലെങ്കിൽ എന്ത് പറയുന്നു വിനാശനിക്കുന്നു അപ്പൊ മൂമക്ഷുക്കളുടെ അവിദ്യാദി ദോഷങ്ങൾ നശിപ്പിക്കുന്നു ചുരുക്കം അതാണ് ഇതൊരു വ്യാഖ്യാനിച്ചത് മമുക്ഷുക്കളുടെ അവിദ്യ തുടങ്ങിയ ദോഷങ്ങളെ ഇത് നശിപ്പിക്കുന്നു ഇത്യ അനേന അർത്ഥയോഗ്യേന ഈ അർത്ഥബന്ധം ഈ ഉള്ളതുകൊണ്ട് വിദ്യ ഉപനിഷത്ത് എത്തിച്ചത് അതുകൊണ്ടാണ് ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന് ഞാൻ വിദ്യ എന്നുള്ള അർത്ഥം പറഞ്ഞതെന്നാണ് ഭാഷകാരം പറയുന്നത് എന്താണ് ചുരുക്കം മമുക്ഷുക്കളുടെ അവിദ്യ തുടങ്ങിയ ദോഷങ്ങളെ നശിപ്പിക്കുന്നു അങ്ങനെ നശിപ്പിക്കുന്നതുകൊണ്ട് ഉപനിഷത്തിന് വിദ്യ എന്ന പേര് കിട്ടി തഥാരി ഇക്കാര്യം തന്നെ ഇനി പറയും എന്താണ് പരബ്രഹ്മത്തെ നിക്ഷാത്കരിച്ചിട്ട് മൃത്യുമുഖ മൃത്യു മുഖത്തിൽ നിന്നും പ്രമുച്തെ മോചിക്കപ്പെടുന്നു നജികേദ സോനയാണ് നേരെ മൃത്യുവിന്റെ സമീപത്തെയൊന്നും മൃത്യുവിന്റെ പിടിയിലായി അതിനുശേഷം അവിടെ നിന്ന് മോചിച്ച് വീണ്ടും ജീവിച്ചു വരുന്നു എന്നാണ് ഇവിടെ വംശത്തിൽ കഥാരൂപത്തിൽ പറയുന്നത് ആ മൃത്യുവിന്റെ മുഖത്തിൽ നിന്നും മുഖുന്നിറ്റ വായി മൃത്യുവിന്റെ വായിൽ നിന്നും രക്ഷപ്പെടുന്നതിനുള്ള കാരണം എല്ലാ ജീവന്മാരും സദാ മൃത്യുവിന്റെ വായിലാണ് മരണത്തിന്റെ വായിലാണ് അതിൽ നിന്നും രക്ഷപ്പെടുന്നതിന് എന്ത് ഈ പറയുന്ന ആത്മവിദ്യയിലൂടെ കഴിയുന്നു ആത്മവിദ്യയിലൂടെ ആത്മ നേടണം അങ്ങനെ ആ മൃത്യുമുഖത്തിൽ നിന്ന് മോചിക്കപ്പെടുന്നുണ്ട് ഇവിടെ കഥയിലും അതാണ് കാണിക്കുന്നത് നേരെ യമനോകത്ത് പോയി എന്ന് വെച്ചാൽ മൃത്യുവിന്റെ കയ്യിലായി അതിനുശേഷം മൃത്യുവിന്റെ വായിലായി എന്ന് പറയുന്നതാണ് അതിനുശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുന്നു അതിനു ഉപകരിക്കുന്നതാണ് ഈ വിദ്യ ആത്മവിദ്യ ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ ശബ്ദശക്തിയുടെ നിയമമനുസരിച്ച് നോക്കിയാലും ഈ അർത്ഥം തന്നെ കിട്ടും ധാത്തോർത്ഥത്തിൽ വിനാശം ശിഫലീകരണം തുടങ്ങിയ അർത്ഥങ്ങളുണ്ട് അതുകൊണ്ട് താൻ പറഞ്ഞ അർത്ഥം വളരെ യോജിക്കുന്നതാണെന്നാണ് പക്ഷേതാരം പറയുന്നത് യോഗാ ബ്രഹ്മവിദ്യാതു മൂന്നർത്ഥം പറഞ്ഞു വിശരണ ഹിംസ എന്നുള്ള അർത്ഥം പറഞ്ഞു നശിപ്പിക്കുക ആ അർത്ഥത്തിനനുസരിച്ച് പറഞ്ഞു അവിദ്യയെ നശിപ്പിക്കുന്നത് ബ്രഹ്മവിദ്യ ഉപനിഷത്വം ഇനി രണ്ടാമതല്ല ഒരു അർത്ഥം പറയുന്നുണ്ട് ഗതി ഗതി ആ ഗതി എന്ന് പറയുന്ന അർത്ഥം കൊടുത്തും പറയാം ഉപനിഷത്തിന് ഇതേ അർത്ഥം ആത്മവിദ്യ എങ്ങനെ പൂർവോക്ത വിശേഷണാൻ മുമ്പ് പറഞ്ഞ വിശേഷണങ്ങളോടുകൂടിയ ദുഷ്ട ആനുശ്രവികൃഷ്ണി അങ്ങനെ മുമ്പ് പറഞ്ഞ വിശേഷണം മൂക്ഷ പരലോകങ്ങളിലുള്ള അതാണ് പൂർവോക്ത വിശേഷണ മൂഷ് പൂർവോക്ത വിശേഷങ്ങളോടുകൂടിയിരിക്കുന്ന മോക്ഷം വിഷയവിരുദ്ധരായ മോക്ഷക്കളായി പരംബ്രഹ്മഗമേതി പരംബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു എന്നാണ് ഗതി ഗമിക്കുക ഗമിപ്പിക്കുക എന്നുള്ള അർത്ഥം പറയാൻ പരബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു എന്ത് വിദ്യ അപ്പൊ ധാതുവിന്റെ രണ്ടാമത്തെ അർത്ഥമെടുത്ത് ഞാനനുസരിച്ച് ഉപൻഷത്തിന് വിദ്യ എന്നുള്ള അർത്ഥം പറയുകയാണ് ബ്രഹ്മഗമയതൃത്വം ബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു യോഗാദ് എന്നുള്ള ശക്തി കൊണ്ടും ശബ്ദശക്തി കൊണ്ടും ബ്രഹ്മവിദ്യ ഉപനിഷ ബ്രഹ്മവിദ്യ ഉപനിഷ്ദത്തിന്റെ അർത്ഥം എന്നാണ് നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാലും ഉപനിഷബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യയാണ് ത്തെ എടുത്തു കഴിഞ്ഞാലും ഉപനിഷബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യാചക്ഷതി അക്കാര്യം പറയുന്നു ബ്രഹ്മപ്രാപ്ത വിമൃത്യുനിഷ് പറയും ബ്രഹ്മത്തെ പ്രാപിച്ചവൻ വിരജനായി ശുദ്ധനായി വിമൃത്യു അമരനായി കഴിഞ്ഞു എന്ന് പറയുന്നു അഭൂത് അങ്ങനെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നവൻ നിശുദ്ധനും അമരനുമായി തീരുന്നു മരണമില്ലാത്തവനുമായി തീരുന്നു എന്ന് പറയുന്നു പ്രാപിപ്പിക്കുന്നത് എന്നുള്ള അർത്ഥത്തെ എടുത്തു കഴിഞ്ഞാലും ബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നത് ബ്രഹ്മവിദ്യയാണ് ഉപനിഷ ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യ എന്നാണ് പിന്നെ മൂന്നാമത്തെ ധാത്തർത്ഥം വിശരണഗത്തി അവസാദനം എന്നുള്ള ധാത്തു എടുത്തു കഴിഞ്ഞാലും ഉപനിഷ ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യ എന്നാണ് അടുത്ത് പറയുന്നത് ലോകാദി ലോകാദിമസ്മൈ എന്നി പറയും മന്ത്രത്ത് ലോകാദിയായിരിക്കുന്ന ബ്രഹ്മജ്ഞ ബ്രഹ്മം എന്ന് പറയുന്നത് ഇവിടെ ഈ ഹിരണ്യഗർഭൻ അഗ്നിയെ സൃഷ്ടിച്ചു എന്ന് വേറെ ഉപനിഷത്ത് ഭാവത്തിൽ പറയുന്നുണ്ട് ആ ഹിരണ്യഗർഭനിൽ നിന്നും ഉണ്ടായതാണ് ഈ അഗ്നി ആദ്യം അഗ്നിയെ സൃഷ്ടിച്ചു എന്ന് പറയുന്നു സൃഷ്ടിച്ചു അങ്ങനെയുള്ള ബ്രഹ്മജത്നൻ എന്ന് പറയുന്ന അഗ്നിയാണ് അയ്യോ അഗ്നി അങ്ങനെയുള്ള ബ്രഹ്മജത്യൻ ബ്രഹ്മജനായി ഇരുന്നറിയുന്നവൻ എന്ന് പറയുന്നത് ബ്രഹ്മജത്നൻ അതായത് അഗ്നി അഗ്നി വിദ്യയെ കുറിച്ച് പറയും നജികേദസിന് ആത്മവിദ്യയും അഗ്നി വിദ്യയും ഉപദേശിക്കുന്നു അഗ്നി വിദ്യ എന്നിവിടെ പറയുന്നത് സ്വർഗപ്രാപ്തിക്ക് ഉതകുന്ന ഒരു കർമ്മമാണ് ആ കർമ്മത്തെയും നജികേദസിന് ഉപദേശിച്ചു കൊടുത്തു പറയുന്നു അങ്ങനെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു അഗ്നി വിദ്യയെ കുറിച്ച് നജികേദസ് കേട്ടിട്ടുണ്ട് ആ അഗ്നി വിദ്യ നജികേദസ്സിന് ഇവിടെ ഉപദേശിച്ചു യമദേവൻ അങ്ങനെയുള്ള അഗ്നിയാണ് ഇവിടെ പറഞ്ഞത് ബ്രഹ്മജ്ഞ അഗ്നി തദ്വിഷയായ വിദ്യ ആ അഗ്നിയെക്കുറിച്ചുള്ള വിദ്യ ദ്വിതീയേന വരേന പ്രാർത്ഥ്യമാണ് മൂന്ന് വരങ്ങളിൽ രണ്ടാമത്തെ വരത്തിലൂടെ ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെ വരം എന്നുള്ള നിലയ്ക്ക് നദികേതത്തെ യമദേവനോട് ആവശ്യപ്പെടുന്ന അഗ്നി വിദ്യയാണ് സ്വർഗഫലത്ത് കൊടുക്കുന്ന ഒരു കർമ്മമാണത് അത് പറയുന്ന സ്വർഗലോക ഫലപ്രാപ്തിഹേതുത്വേന ആ വിദ്യ എന്താണ് സ്വർഗ്ഗലോകമാകുന്ന ഫലപ്രാപ്തിക്ക് കാരണമാണ് ഗർഭവാസ ജന്മ ജരാതിപദ്രവ വൃന്ദാന്തരെ പൂനപുഞ്ഞന പ്രവൃത്തസ് അവസാദിതൃത്വൻ ഈ ജന്മത്തിൽ മനുഷ്യലോകത്ത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗർഭവാസം ജന്മം ജര തുടങ്ങിയ ഉപദ്രവൃന്ദ്രവ സമൂഹത്തിന്റെ ലോകാന്തരമുണ്ട് ഇവിടെ ഇവിടെ ഇന്ന് നിരന്തരം ജീവൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ജനന മരണങ്ങളെല്ലാം പൗനപ്പുണ്യേന പ്രവൃത്ത പൗനപ്പുണ്യമായി വീണ്ടും വീണ്ടും ആവർത്തിച്ചാവർത്തിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്ത സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്ത് അതിനെന്തോ അവസാദ എതിർപ്പുവേന ശൈഥില്യ ആപാദന അതിനെ ശിഥിലമാക്കുന്നു നശിപ്പിക്കുന്നുണ്ട് ഇവിടെ ഒന്ന് അഗ്നി വിദ്യയിലൂടെ സ്വർഗ്ഗത്തിലെത്തിച്ചേർന്നു കഴിഞ്ഞാൽ ീ ലോകത്തിലുള്ള ജന്മ ജരാ മരണങ്ങളെല്ലാം ഒഴിവാക്കാം അത്രേ സംഭവിക്കത്തുള്ളൂ മോക്ഷം അതുകൊണ്ട് കിട്ടുന്നില്ല പക്ഷെ ഈ ജന്മത്തിൽ പിന്നെ മറിച്ച് ദേവലോകത്തിൽ അനുഭവിച്ചു കഴിയുന്നു പിന്നീട് ആ പുണ്യം ഇവിടെ ജന്മം ഉള്ളൂ അതുവരെ ഇവിടെ ജന്മമുണ്ട് അപ്പൊ അതുവരെയുള്ള കാരണം മൂന്ന് ഗതികളെ കുറിച്ച് പറയുന്നു ഊർണ്ണ ഉത്തരായണ മാർഗത്തിലൂടെ ഉള്ള പോക്ക് അത് ബ്രഹ്മലോകം വരെ എത്തിത്തേരുന്നു രണ്ടാമത്തത് ദക്ഷിണായന മാർഗത്തിലൂടെയുള്ള പോക്ക് സ്വർഗത്തിൽ പോയി തിരിച്ചുവരുന്നു ഈ രണ്ട് ഗതിയും ശ്രേഷ്ഠമാണെന്ന് പറയും ഏതിനപേക്ഷിച്ച് മൂന്നാമത്തെ ഗതിയെ അപേക്ഷിച്ച് ജായസ്വ മിയസ്വേത് തൃതീയം സ്ഥാനം എന്ന് അങ്ങനെ ഒരു മൂന്നാമത്തെ സ്ഥാനമുണ്ട് ജനിക്കുക മരിക്കുക ഇവിടെ തന്നെ ഇവിടെ തന്നെ ജനിക്കുക മരിക്കുക എന്ന് പറയുന്ന അവസ്ഥയിൽ എത്രയോ ശ്രേഷ്ഠമാണ് ഇവിടുന്ന് സ്വർഗത്ത് പോയിട്ട് മടങ്ങി വരിക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈശാവാസി മനുഷ്യൻ ഒരു ഭാഗത്ത് ഈ കാര്യത്തൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് അതായത് മനുഷ്യന് ലൌകികമായ കർമ്മങ്ങളും വൈദികമായ കർമ്മങ്ങളും ഉണ്ട് ഈ വൈദികമായ കർമ്മങ്ങൾ എന്തിന് വിധിക്കുന്നു ഇതിന് ദോഷമുണ്ടല്ലോ ഇത് ജനന മരണങ്ങൾ ഇതിന് ഉണ്ടാക്കുന്നുണ്ട് ക്ഷീണി പുണ്യം മർച്ച രോഗം വിശന്തി വീണ്ടും തിരിച്ചു വരുന്നു അങ്ങനെ തിരിച്ചു വരുന്ന കർമ്മത്തെ എന്തിന് വിധിച്ചു പറഞ്ഞു ലൌകികമായ കർമ്മം അതിനാണ് മൃത്യു എന്ന് പറയുന്നത് ആ നിന്നും മോചനം നേടാ അവിദ്യയാ മൃത്യു തീർത്തുവാ വിദ്യ കർമ്മം കൊണ്ട് മൃത്യുവിനെ അതിക്രമിക്കും മൃത്യു എന്ന് പറയുന്നത് എന്താണ് ലൌകികമായ കർമ്മങ്ങൾ തന്നെ അനുഷ്ഠിച്ച് ഇവിടെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുക അതിനൊന്നും മോചനം നേടാനാണ് വേദത്തിൽ വൈദികമായ കർമ്മങ്ങൾ അരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വേദബോധമില്ലാതെ സഹജമായ പ്രവൃത്തികൾ മാത്രം ചെയ്ത് മനുഷ്യൻ ജീവിക്കും വൈദിക സംസ്കാരം ഇല്ലാതിരുന്നാൽ അപ്പോൾ അത് മൃത്യുവാണ് എന്തുകൊണ്ട് അതിന്റെ ഫലം എന്താണ് നിരന്തരം ഇവിടെ തന്നെ ജനിക്കുകയും വരികയും ചെയ്യുക തൃതീയം സ്ഥാനം അധോഗതിയാണ് മൂന്ന് ഗതികളിൽ ജീവൻ അവിടെ ഒരിക്കലും ഊർധനം സംഭവിക്കുന്നില്ല നിന്ന നിലയിൽ തന്നെ നിൽക്കേണ്ടി വരും ഈ മൂന്നാമത്തെ ഗതിയെ അപേക്ഷിച്ച് ശ്രേഷ്ഠമാണ് സ്വർഗത്തിലേക്കുള്ള പോ വളരെ ശ്രേഷ്ഠ കാരണം അതും വളരെ ധർമ്മം നിഷ്ഠമായി ജീവിക്കുന്ന ഒരാളാണ് അതിന് കഴിയുന്നത് വേദം അധ്യയനം ചെയ്ത് കർമ്മങ്ങളെ കുറിച്ച് മനസ്സിലാക്കി വളരെ ആയാസകരമായി ക്ലേശകരമായി വൈദികധർമ്മത്തെ അനുഷ്ഠിക്കുക അത് ഉത്തരായണ മാർഗത്തെ അപേക്ഷിച്ചും ആത്മവിദ്യ അപേക്ഷിച്ചും കാണുന്നതാണെങ്കിലും ഈ തൃതീയ സ്ഥാനത്തെ അപേക്ഷിച്ച് അത് എത്രയോ ശ്രേഷ്ഠമാണ് ഏതിൽ പറയുന്നത് സർവർക്കും അത് ചെയ്യുന്നതിനുള്ള അധികാരം പോലുമില്ല അത്രയും അത് ശ്രേഷ്ഠമായിരിക്കും അങ്ങനെയൊക്കെയുള്ളതിനാൻ പറ്റുന്നുള്ളു അതുകൊണ്ട് അത് വളരെ ശ്രേഷ്ഠമാണ് ആത്മവിദ്യയുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ അത് വളരെ താഴ്ന്ന ആണെന്നേ പക്ഷെ സാധനം നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഈ സ്വർഗപ്രാപ്തി വൈദിക കർമാനുഷ്ഠാനങ്ങൾ സാമികർമ്മങ്ങളെ അനുഷ്ഠാനം വളരെ വളരെ ഉയർന്നതാണ് അതിനും ഒരു സ്ഥാനമുണ്ട് അത് നേരത്തെ പറഞ്ഞിട്ടുണ്ടോ ദൃഷ്ടാനുശ്ചർമിക വിഷയവിതൃഷ്ണസ്യ അങ്ങനെയുള്ള വിഷയ വിതൃഷ്ഠയുള്ളവന് മാത്രമേ അതിനെ ഉപേക്ഷിക്കാനും കഴിയത്തുള്ളൂ അല്ലാത്തവന ഉപേക്ഷിക്കാനും കഴിയുന്നില്ല വളർന്ന് വളരെ ഉയർന്ന മാനസികാവസ്ഥയിലെത്തിയ ഒരാൾക്ക് മാത്രമേ അത്തരം വിലക്ക് വരുത്തുള്ളൂ അത്തരം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കർമ്മങ്ങൾക്കും പ്രസക്തിയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ ധരിച്ചിരിക്കുന്നത് വൈദിക കർമ്മങ്ങളുടെ പ്രസക്തിയെ ശങ്കരാചാര്യർ കുറച്ചിട്ടില്ല പാടെ അതിനെ നിഷേധിച്ചിട്ടില്ല ഇത്രയും അവിടെ പറയുന്നുള്ളന്താണോ മോക്ഷത്തിന് ഇതൊന്നും സാക്ഷാത്തായിട്ട് ഉപകരിക്കുന്നില്ല ഇതേ ശങ്കരാചര് പറയുന്നു വൈദ്യ കർമ്മങ്ങൾ ആവശ്യമില്ലെന്നോ അത് ചെയ്യരുതെന്നോ ഒന്നും ആരോടും പറയുന്നില്ല ചെയ്യരുതെന്നൊരു ഭാഗത്തും പറയുന്നില്ല ഒരു തത്വദർശനത്തെ അതിന്റെ അടിസ്ഥാനത്തിൽ അതിനും ഒരു സ്ഥാനം നൽകിക്കൊണ്ട് അവതരിപ്പിക്കുന്നു എന്നെയാണ് നിങ്ങൾ മോക്ഷം വേണോ അതിനുപകരിക്കട്ടുണ്ട് അപ്പം മുമ്മുക്ഷുക്കൾക്ക് മാത്രമേ അത് തിരിക്കാൻ നിർദ്ദേശിക്കുന്നുള്ളൂ വിരക്തന്മാർക്ക് മാത്രമേ അത് തിരിക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിരക്തിയുള്ളവരല്ല ആ മുമ്മുക്കളല്ല അപ്പൊ അവർക്ക് കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും അവിടെയാണ് വൈദിക കർമ്മങ്ങളുടെ പ്രസക്തിയും ഗൃഹസ്ഥ ധർമ്മത്തിന്റെ പ്രാധാന്യം വൈദികധർമ്മങ്ങളെന്ന് പറഞ്ഞാൽ അത് ഗൃഹസ്ഥ ധർമ്മത്തിൽ അനുഷ്ഠിക്കേണ്ടതാണ് ഗൃഹസ്ഥ ധർമ്മത്തിന് ശങ്കരാചാര്യർ വളരെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഓരോന്നിനും അത് അർഹിക്കുന്ന പ്രാധാന്യം കൊടുക്കുന്നു സന്യാസത്തിനും കൊടുക്കുന്നുണ്ട് പ്രാധാന്യം ഭിന്ന ഇത് വേറെ വേറെയാണ് എന്ന് പറയുന്നു അല്ലാതെ എല്ലാ ഗൃഹസ്ഥന്മാരോട് സന്യസിക്കാനോ അങ്ങനെയൊന്നും പറയുന്നു ശരിക്കും ആ എവിടെയാണോ അതെന്ന വിദ്യയെക്കുറിച്ച് പറയുന്നത് അവിടെ എല്ലാം പറയുന്നതാണ് വിഷയവിതൃഷ്ണത്യ വിഷയവിരക്തി വന്നവനേ ഉള്ളൂ അത് അല്ലാത്തവന് നേരത്തെ പറഞ്ഞതിന് അവിദ്യയ മൃത്യം തീർത്ഥ അവിദ്യയിലൂടെ മൃത്യുവിനെ മറികടന്നിട്ട് അതുകൊണ്ട് സാധാരണ നമ്മൾ ധരിച്ചു വന്നിരിക്കുന്നത് പോലെ ഉപരിപ്രവമായി ധരിച്ചിരിക്കുന്നത് പോലെ അങ്ങനെ ഒരു കർമ്മനിഷേധിയുടെ സംഗ്രഹയം എന്നാൽ കർമ്മനിഷേധിയാണ് ഇവിടെ മോക്ഷത്തിന് അത് ഉപകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിഷേധിക്കുന്നുണ്ട് അത് പാടെ വിഷയിക്കുന്നില്ല അത് ചെയ്യാൻ പാടില്ലാത്ത ഈ ലോകത്തിൽ ആർക്കാണ് ഈ പറയുന്ന ദുഷ്ടാനുശ്ചര്യ വിഷയം വരുന്ന എത്ര തീർത്ത എത്ര ഗൃഹസ്ഥന്മാർക്ക് വരും അതും ചർച്ച ചെയ്യുന്ന എവിടെയാ ഗൃഹസ്ഥ ധർമ്മത്തിലിരിക്കുന്നവരതിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഗൃഹസ്ഥ ധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളിന് വിഷയ വിതൃഷ്ഠ വരികയാണെങ്കിൽ അയാൾ ഉപേക്ഷിക്കാനാ പറയുന്നത് അതാണ് ചർച്ച ചെയ്യുന്ന എല്ലാ ഭാഗത്തും വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അല്ലാതെ ഒരുവൻ ജനിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവനോട് ഇതെല്ലാം ഉപേക്ഷിക്കാൻ പറയുന്നുമില്ല അങ്ങനെ എവിടെയെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്നൊരു ഭാവമാണ് അല്ല അത് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇവിടെ സന്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അവിടെ എണ്ണം ഗ്രഹസ്ഥന്റെ സന്യാസിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് ഗ്രഹസ്ഥ വിഷയ പ്രതിഷ്ഠ ഉണ്ടോ അയാൾ അത് ഉപേക്ഷിക്കുന്നു അല്ല അയാൾ സകാമനാണോ അയാളുടെ ധർമ്മം അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുക അത് അയാൾക്ക് മോക്ഷം ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ ഇതിനെല്ലാം വിദഗ്ധനായിട്ട് കർമ്മത്തെ ഉപേക്ഷിക്കുക കാരണം ഒന്ന് തിരിക്കാൻ ഉപദേശിക്കണമെങ്കിൽ അത് ഉള്ളിടത്തെ ഉപദേശിച്ചിട്ട് കാര്യമാണ് അരുത് കാര്യം പറയണമെങ്കിൽ എന്ത് വേണം അതവിടെ പ്രാപ്തമാണോ അയാൾ ചെയ്യും മോഷ്ടിക്കരുതെന്ന് ഇതിനോട് പറയണമെങ്കിൽ മോഷണ സ്വഭാവമുള്ളവനായിരിക്കും കണ്ണു കുടിക്കരുന്ന് ഒരു അവനോട് പറയണമെങ്കിൽ അവനാ സ്വഭാവം ഉണ്ടായിരിക്കണം അല്ലാത്തവനോട് അത് ഉദ്ദേശിക്കേണ്ട കാര്യമില്ല അപ്പൊ കർമ്മങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയണമെങ്കിൽ ചങ്കരാന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് എന്താണ് കർമ്മങ്ങൾ ഉപേക്ഷിക്കുക അപ്പൊ അത് പ്രസക്തി ഉള്ളിടത്താണ് ഇത് പറയുന്നത് എവിടെയാണത് പ്രസക്തി വരുന്നത് ഗൃഹശാസ്ത്രം പറയുന്ന വിഹിതാനാം കർമ്മനാം വിധിന പരിത്യാവ വിഹിതങ്ങളായ കർമ്മങ്ങളെ വിധിപ്രകാരം പരിത്യജിക്കുക അല്ല നമ്മൾ സാധനം ധരിക്കുന്നതുപോലെ ഭക്ഷണം കഴിക്കുന്നതും നടക്കുന്നു ഓടുന്നു എന്തെങ്കിലും പണി ചെയ്യുന്നതും ഒന്നും ധരിക്കാൻ ശങ്കരാചാര്യ പറയുന്നുണ്ട് കാരണം അത് വിഹിത കർമ്മങ്ങളല്ല വേദത്തിൽ പറഞ്ഞിട്ടല്ല നമ്മൾ അത് ചെയ്യുന്നത് വേദം പഠിച്ചിട്ടല്ല വിഹിത കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ വേദം എന്താണെന്ന് മനസ്സിലാക്കി വേദത്തിൽ പറയുന്നതനുസരിച്ച് ചെയ്യുന്നതാണ് ചുരുങ്ങിയ പക്ഷ സ്മൃതികളെങ്കിലും അനുകൂലിക്കണം അങ്ങനെയുള്ള കർമ്മങ്ങളുടെ ത്യാഗത്തെയാണ് ശങ്കരാചാര്യ സന്യാസം എന്ന് അല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി ഉപേക്ഷിച്ചിട്ട് ആശ്രമത്തിൽ പോകുന്നതെന്നും ശങ്കരാചാര്യരുടെ ഭാഷയുടെ സന്യാസമല്ല നമ്മളങ്ങനെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് അബദ്ധമാണ് അതെങ്കിലും ഈ ഭാഷ്യം നമ്മൾ ചർച്ച ചെയ്യുന്നതെന്ന് മനസ്സിലാക്കണം അപ്പൊ അങ്ങനെയുള്ള അവരെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ സന്യാസി അങ്ങനെ അല്ലാത്തവർക്ക് എന്താണ് സകാമന്മാർക്ക് അവർക്ക് ഗൃഹസ്ഥ ധർമ്മത്തിലിരുന്നു കൊണ്ട് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുണ്ട് അത്തരമൊരു കർമ്മമാണ് അഗ്നിവിദ്യ ആ അഗ്നിവിദ്യയെ ഉപദേശിക്കുന്നത് കൊണ്ടും ഉപനിഷ ശബ്ദത്തിന് ഇങ്ങനെ ഒരു അർത്ഥം വരാമെന്നാണ് ഇവിടെ പറയുന്നത് അതാണ് ലോകാതിർ ബ്രഹ്മജ്ഞോയോ അഗ്നി സ്വർഗഫലത്തെ കൊടുക്കുന്ന അഗ്നിവിദ്യ തദ്വിഷയായാ വിദ്യായാഹ അതാണ് അഗ്നിവിദ്യ ദ്വിതീയേന വരേണ പ്രാർത്ഥിമാനായ രണ്ടാമത്തെ വരം കൊണ്ട് പ്രാർത്ഥിക്കപ്പെടുന്ന അതാണ് സ്വർഗലോകഫലപ്രാപ്തിഹേതുത്വേനാണ് ഐഎസ് രണ്ടാമത്തെ വരത്തിലൂടെ ആവശ്യപ്പെടുന്ന ആ വിദ്യയുടെ ഫലമെന്താണ് അഗ്നി വിദ്യയുടെ ഫലം എന്താണ് സ്വർഗലോക ഗർഭവാസ ജന്മ ജരാധിപദ്രവൃന്ദസ് ലോകാന്തരേ പൗനപ്പുഞ്ഞേന പ്രവൃത്തസ് ഈഹലോകത്തിൽ സ്വർഗത്തിലുള്ള ലോകാന്തരം എന്ന് പറയുന്നത് ഇവിടെ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതെല്ലാം എന്ത് ചെയ്യുന്നു മരണാദികളെ അല്ലാതെ തൽക്കാലത്തേക്ക് തടയുന്ന സ്വർഗത്തിലിരിക്കുന്നിടത്തോളം കാരണം ഇതൊന്നും ഇല്ലല്ലോ ആ രീതി അതിന് അവസാദിതൃത്വേന അതിന് അവസാദനം ചെയ്യുന്നു എങ്ങനെ അവസാധനം ചെയ്യാന്ന് വെച്ചാൽ അവസാധനത്തിന് നശിക്കുക എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ എന്താണ് ശൈഥില്യ ആപാദന ശിഥിലമാക്കുന്നതിനും ഇതുപോലെയുള്ള വൈദികമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് പുണ്യസമ്പാദ്യത്തിന് ആ പുണ്യത്തിന്റെ ഫലമായിട്ടാണ് അയാൾ സ്വർഗത്തിലേക്ക് പോകുന്നത് അപ്പൊ അയാളുടെ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നു ആ പുണ്യത്തിന്റെ ശക്തി കൊണ്ട് ശിഥിലമാകുന്നു നശിക്കുന്നില്ല പുണ്യം ക്ഷയിക്കുന്നതായത് നശിക്കുന്നില്ല പക്ഷെ അതിനെ തൽക്കാലത്തൊക്കെ എങ്കിലും അത് മാറ്റിവെക്കുന്നു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ സ്ഥാനത്തെ അപേക്ഷിച്ചത് ശ്രേഷ്ഠം ഇവിടെ തന്നെ ജനിക്കുകയും മരിക്കുകയും ചെയ്യാന്ന് പറയുന്ന ഈ അവസ്ഥയിൽ നിന്ന് അയാൾക്ക് കുറെ കാലം മുക്തനായിരിക്കാൻ പറ്റുന്നു എന്നാൽ പിന്നെ അയാൾക്ക് നേരിട്ടങ്ങ് ബ്രഹ്മജ്ഞാനം നേടിയ മോഷം നേടിക്കൂടിയെന്ന് ചോദിച്ചാൽ പറ്റത്തില്ല എന്തുകൊണ്ട് കാരണം അയാൾ കാമനയിരിക്കുന്നുണ്ട് സ്വർഗസുഖങ്ങളിലും മറ്റും ആഗ്രഹം ഇരിക്കുന്നുണ്ട് അപ്പോൾ വിഷയ വിതൃഷ്ണൻ എന്താ അപ്പോൾ അയാൾ ഗൃഹസ്ഥ ധർമ്മത്തെ സ്വീകരിച്ച് അവിടെ ഇരുന്ന് അഗ്നി വിദ്യ പോലെയുള്ള വിദ്യകളെയൊക്കെ അഭ്യസിച്ച് അയാൾ തൽക്കാലം ഈ ജനന നിന്ന് താത്കാലികമായി മോചനം നേടുന്നു അതുകൊണ്ട് ഈ മൂന്നാമത്തെ മാർഗം പതിനേക്കാൾ ശ്രേഷ്ഠമായ അതാണ് ഈ രണ്ടാമത്തെ മാർഗം സ്വർഗവാസം അവിടെ താത്കാലികമായുള്ള മോക്ഷം കിട്ടുന്നുണ്ട് അമൃതത്വം എന്ന് പറയുന്ന നേരത്തെ പറഞ്ഞല്ലോ സാപേക്ഷവും നിരപേക്ഷവും ഇത് സാപേക്ഷമായ അമൃതത്വമാണ് ഞാനും കൊണ്ട് നേടുന്ന മോഷമെന്താ പക്ഷേ ഇതും മോശമാണ് ഈ ജന്മജരാമരണാദികളിൽ നിന്നും ഇവിടെ സംഭവിക്കുന്ന നിന്നും താത്കാലികമായി മോചനം കിട്ടുന്നു അങ്ങനെയുള്ള ആ അഗ്നി വിദ്യയെ യോഗ ഇവിടെ ഈ ധാത്തുവർത്ത ശക്തി കൊണ്ട് അങ്ങനെ കിട്ടുന്നു അഗ്നിവിദ്യാവി ഉപനിഷത്ത് അഗ്നിവിദ്യയെയും ഇവിടെ ഉപനിഷത്ത് എന്ന് പറയുന്നു ഉപനിഷത്ത് എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ അഗ്നി വിദ്യ എന്ന് പറയുന്ന ഒന്നിനെയും സ്വീകരിച്ചിരിക്കുന്നു സ്വർഗഫലത്തെ കൊടുക്കുന്ന ഒന്നിനെയും ഇവിടെ അഗ്നിവിദ്യ അങ്ങനെയാണ് പറയുന്ന അഗ്നി ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദം പറയാം എന്നാണ് കാരണം ഇവിടെ ഈ തുടർന്നൂരിന്റെ ഭാഗത്തിൽ നിരപേക്ഷമായ ആത്മവിദ്യയെക്കുറിച്ച് മാത്രമല്ല പറയുന്നത് സ്വർഗഫലത്തെ കൊടുക്കുന്ന ഒരു വിദ്യയെക്കുറിച്ചും പറയുന്നുണ്ട് വതിനി ഉപനിഷത്ത് എന്ന് പറയാൻ കാരണം അതും സ്വർഗവാസ കാലത്ത് ഇവിടെയുള്ള ഉപദ്രവങ്ങൾ ഇല്ലാതാക്കുന്നതുകൊണ്ട് അതും എന്താണ് ഇതിനെല്ലാം ശിഥിലമാക്കുന്നതാണ് അതാണ് അവിടെ ശിഥിലമെന്നുള്ള അർത്ഥം പറയുന്നത് നശിപ്പിക്കുന്നില്ല അതുകൊണ്ട് അതും ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ വൻഷത്തിനും ബ്രഹ്മവിദ്യ എന്നർത്ഥം പറയാം തഥാചക്ഷിരി താരം പറയുന്നുണ്ട് ഇവിടെ തന്നെ പറയുന്നുണ്ട് എന്തുകൊണ്ട് സ്വർഗലോക അമൃതത്വം ഭജന്തി സ്വർഗലോകന്മാർ സ്വർഗലോകവാസികൾ അമൃതത്വത്തെ പ്രാപിക്കുന്നു നേരത്തെ ഈശാവാസ്യത്തിൽ വന്നപ്പോഴും പറഞ്ഞു അമൃതത്വം എന്ന് പറയുന്നതിന് അവിടെ പറഞ്ഞല്ലോ അവിദ്യയ മുട്ടും തീർത്തു അവിദ്യയ അമൃതമേ അവിടെ പറഞ്ഞു അതും ഒരു അമൃതമാണ് ആ അമൃതത്വം തന്നെയാണ് ഇവിടെയും പറയുന്നത് അതും നമ്മൾ കരുതുന്നതുപോലെ അതിനെയൊന്നും പാടെ നിഷേധിക്കുകയല്ല ചെയ്യുന്നത് അതിനും ഒരു സ്ഥാനമുണ്ട് അതിനും അധികാരികളുണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്ന വിധിച്ചിരിക്കുന്ന എല്ലാ കർമ്മങ്ങൾക്കും അതാത് അധികാരികൾക്ക് അത് ആവശ്യമാണ് എന്നുള്ള ഭക്ഷണക്കാരനാണ് പഴയ സ്വാമി അല്ല ഒന്നിനെയും നമ്മൾ ധരിച്ചിരിക്കുന്ന പോലെ ഒന്നിനെയും അല്ലെങ്കിൽ നമ്മൾ ധരിച്ചിരിക്കുന്നതുപോലെ ഒന്നിനെയും അങ്ങനെ നിഷേധിക്കുന്നില്ല എന്നാണ് ും പറഞ്ഞിട്ടുള്ളത് സർവത്തേം ഉൾക്കൊള്ളുന്ന ഒരു ദർശനമാണ് ശങ്കരാചാര്യല്ലേ ഓരോ അധികാരികൾക്ക് ഓരോന്ന് വീണം എന്നുള്ള ഭക്ഷണക്കാരനാണ് നമ്മളത് മനസിലാക്കാതെയാണ് അതിന് അതായത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നുള്ള ക്ലാസിന്റെ മുറയനുസരിച്ചല്ല പഠിച്ചു പോകുന്നത് ആദ്യം തന്നെ റിസർച്ച് ചെയ്യും പിന്നെ ഒന്നാം ക്ലാസ് അതുകൊണ്ടാണ് അതിന്റെ വിവേഷണം നടത്തുന്നതിനുള്ള യോഗ്യതകൾ പ്രാഥമിക വിദ്യാഭ്യാസമൊക്കെ നേടിയിട്ട് അത് ചെയ്യണമെന്നുള്ളതാണ് ആദ്യം തന്നെ നമ്മൾ അവിടെ തുടങ്ങും അവിടെ തുടങ്ങുമ്പോഴാണ് അങ്ങനെ തുടങ്ങിയ ആള് തന്നെയാണ് ഞാനും എന്നെ കൂടെ ചേർത്താ പറയുന്നത് പിന്നെയാണ് ഒന്നാം ക്ലാസ് പോയി ചേർന്നു റിസർച്ച് കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത് നമുക്ക് അത് തടസ്സങ്ങളുണ്ടെന്ന് മനസ്സിലായിട്ട് പിന്നെ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന ആളാണ് കാരണം എല്ലാവർക്കും ഈ അബദ്ധം പറ്റുന്നത് അപ്പം അതാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരു വിദ്യ സ്വർഗഫലത്തെ കൊടുക്കുന്ന ഒരു വിദ്യ പറയുന്നത് കൊണ്ടും ഉപനിഷത്തിന് ബ്രഹ്മവിദ്യ എന്നുള്ള അർത്ഥം കൊടുക്കാം അതുകൊണ്ട് ചെയ്യുന്നു മനുഷ്യന്റെ ഈ സംസാര ക്ലേശത്തെ താത്കാലികമായിട്ട് ഇല്ലാതാക്കുന്നതാണ് കുറച്ചു കാലത്തേക്കെങ്കിലും ഇല്ലാതാക്കുന്നു അതുകൊണ്ട് ഉപനിഷത്ത് എന്ന് പറയുന്നതിന് ബ്രഹ്മവിദ്യ എന്നുള്ള അർത്ഥം കൊടുക്കാം ഇനി അതിനെക്കുറിച്ചൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത് ഞാനും ഉപനിഷത്ത് അനുവദിച്ച ഉപനിഷ്നോ അധ്യേതാരോ ഗ്രന്ഥം അഭിലബന്തി ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് അങ്ങ് ബ്രഹ്മവിദ്യ എന്നുള്ള അർത്ഥമാണ് നടത്തുന്നത് ബ്രഹ്മവിദ്യ എന്ന് പറയുമ്പോൾ അത് അക്ഷരമല്ല നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുന്നത് നമ്മൾ എന്താണ് സാധാരണ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അക്ഷരങ്ങളെയാണ് വാച എന്ന് പറയുന്നത് നമ്മൾ ചേടുന്ന അക്ഷരങ്ങളെയാണ് നമ്മൾ ഉപനിഷത്ത് എന്ന് പറയുന്നത് നമ്മൾ ഉപനിഷത്ത് പഠിക്കുന്നു വായിക്കുന്നു എന്ന് പറയുമ്പോൾ അക്ഷരങ്ങൾ വായിക്കുന്നു അക്ഷരങ്ങൾ മനസ്സിലാക്കുന്നു ഇത് അധ്യയനം ചെയ്യുന്നവര് പഴയകാലത്ത് ഇങ്ങനെ നമ്മൾ എഴുതിയോ സെന്റിയോ അല്ല വായിച്ചിരുന്നത് പഴയകാലത്ത് ഉപനിഷത്ത് എന്ന് പറയുന്നത് ഗുരുമുഖത്ത് നിന്ന് കേട്ട് മനസ്സിലാക്കിയിരുന്നവരാണ് അധ്യയനം ചെയ്യുന്നവർ അവരെ നമ്മൾ പറഞ്ഞിരിക്കുന്ന അധ്യേതാര അധ്യേതാക്ക അവരുപനിഷത്ത് എന്ന് പറയുന്നത് കൊണ്ട് എന്താ മനസ്സിലാക്കിയിരിക്കുന്നത് ഗുരുമുഖത്ത് നിന്നും അവർ ശ്രവിക്കുന്ന ശബ്ദം അങ്ങനെയാണ് ഉപനിഷത്ത് എന്ന് ഭാഷ്യകാരൻ എന്ന് പറഞ്ഞു ആ ശബ്ദം ശ്രവിക്കുമ്പോൾ ശ്രോതാവിന്റെ ഉള്ളിലുണ്ടാകുന്ന ശരിയായിട്ടുള്ള അർത്ഥബോധം ജ്ഞാനം വിദ്യ എന്ന് പറഞ്ഞു അതാണ് വിനിഷത്തെന്ന് പറയുന്നത് രണ്ടും മുന്നിൽ വ്യത്യാസം അങ്ങനെ പറയുന്നത് അധ്യയതാരഹ വേദം അധ്യയനം ചെയ്യുന്നവർ ഉപനിഷബ്ദേന ഉപനിഷത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് ഗ്രന്ഥം ഈ പറയുന്ന ശബ്ദം അക്ഷരങ്ങൾ അതിനുബന്ധി അതിനെയാണ് ഗുരുമുഖത്ത് നിന്ന് കേൾക്കുന്ന ആ ശബ്ദങ്ങളെയാണല്ലോ ഉപനിഷത്ത് എന്ന് പറയുന്നു അല്ലെങ്കിൽ പുസ്തകത്തിൽ നോക്കി നമ്മൾ വായിക്കുന്ന ശബ്ദങ്ങളെയാണല്ലോ ഉപനിഷത്തെന്ന് പറയുന്നു പക്ഷെ ഭാഷകാരനോട് അർത്ഥമല്ല പറഞ്ഞത് ആ ശബ്ദത്തിൽ നിന്നും ഉള്ളിലുണ്ടാകുന്ന അർത്ഥബോധത്തെയാണ് ആത്മവിദ്യയാണ് ഗൺശത്ത് എന്ന് പറയുന്നത് എന്തുകൊണ്ടങ്ങനെ പറഞ്ഞു എന്നാണ് അനുസമാനം പറയുന്നു ഉപനിഷത്തം അഭിമഹേ അധ്യാപയാമ ഇ സാധാരണ ഞങ്ങൾ പറഞ്ഞു വരാറുണ്ട് ഈ വേദ അധ്യയനം ചെയ്യുന്നവരെന്താണ് ഉപനിഷത്തം അധീമഹേ ഞങ്ങളിലാ ഉപനിഷത്ത് അധ്യയനം ചെയ്യുന്നു അധ്യയനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗുരു മുഖത്തു നിന്നും കേട്ടിട്ട് ഏറ്റുചൊല്ലുക അതിനാണ് അധ്യയനം എന്ന് പറയുന്നത് നമ്മൾ പുസ്തകം നോക്കി വായിക്കുന്നതിനു പറയുന്നത് വേദത്തെ സംബന്ധിച്ച് ഗുരു ചൊല്ലുന്നതിന് ഏറ്റുചെല്ലുക അതാണ് അധ്യയനം പറയുന്നത് ഉപനിഷം അസീമഹേ ഞങ്ങൾ ഉപനിഷത്ത് അധ്യയനം ചെയ്യുന്നു ധ്യാപയാമ ആചാര്യനും പറയുന്നുണ്ട് ഉപാധ്യായ ഉപനിഷത്ത് പഠിപ്പിക്കുന്ന ആള് പറയുന്നത് ഞാൻ ഉപനിഷത്തിനെ ചൊല്ലിപ്പിക്കുന്നു വേദമോതുക എന്ന് പറയുന്നു അധ്യാപനം ചെയ്യിപ്പിക്കുന്നു ഞാൻ ബ്രഹ്മചാരികളെ വേദം അധ്യാപനം ചെയ്യിപ്പിക്കുന്നു എന്നും പറയാറുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ പറയുന്നത് അധ്യയനം ചെയ്യുന്നു ആചാര്യൻ പറയുന്നത് അധ്യയനം ചെയ്യിപ്പിക്കുന്നു ഇത് ശബ്ദങ്ങളെയാണ് അല്ലാതെ അങ്ങ് പറയുന്ന പോലെ ഒരു വിദ്യയല്ല ശബ്ദത്തിൽ നിന്നുണ്ടായി വരുന്ന ആ വിദ്യ അതല്ല ആ വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാ ഉണ്ടാകും ശബ്ദം എന്ന് പറയുന്നതോ ഗുരുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നു ശിഷ്യന്റെ ശ്രവണകൂടത്തിൽ പതിക്കുന്നു അതാണ് ശബ്ദം രണ്ടും പേരെ വേറെയാണ് അപ്പൊ ആ ശബ്ദമെന്നുള്ള അർത്ഥം വിട്ടിട്ട് അതിൽ നിന്നുണ്ടാകുന്ന ബോധം എന്നുള്ള അർത്ഥം എന്തുകൊണ്ടെടുത്തു എന്നാണ് ചോദിക്കുന്നത് ഏവം അനുസമാനം പറയുന്നത് മേശദോഷ അവിദ്യാതി സംസാര ഹേതുവിശരണാദേഹി സതി തത്വ ഗ്രന്ഥമാത്രേ അസംഭവ വിദ്യായ അന്ത്യസംഭവ ഞാൻ എന്തുകൊണ്ട് ഈ അർത്ഥം പറഞ്ഞു ഭാഷകാരം പറയുന്നു സംസാരത്തിന് കാരണമായിരിക്കുന്ന അവിദ്യ രാഗദ്വേഷങ്ങൾ കർത്തൃത്വഭോക്തൃത്വാദികൾ ഇതിനെയെല്ലാം നശിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ശബ്ദമല്ല മറിച്ച് അതിൽ നിന്നുണ്ടായി വരുന്ന ബോധമാണ് നേരത് പറഞ്ഞു ജ്ഞാനമാണ് ഞാനത് നശിപ്പിക്കുന്നത് ശബ്ദമാണ് ശബ്ദം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു ആകാശത്തിലൂടെ വായുവിന്റെ സഹായത്തോടുകൂടി സഞ്ചരിച്ച് ഗുരുമുഖത്ത് നിന്ന് പുറപ്പെട്ട് വായുവിലൂടെ സഞ്ചരിച്ച് ശ്രോതാവിന്റെ ശ്രവണേന്ദ്രിയത്തിലൂടെ ഉള്ളിലേക്ക് കടക്കുക ഉള്ളിലേക്ക് കടന്നതിന് ശേഷം അത് ചെയ്യുന്നു അവന്റെ ചിത്ത അവന്റെ അന്തക്കണ്ണത്തിൽ ജ്ഞാനത്തെ ഉണ്ടാക്കും മാനസിക ഉണ്ടാക്കും ഉള്ളിൽ ബോധത്തെ സ്ഫൂണം ചെയ്യിപ്പിക്കുന്നു ആ ശബ്ദം അങ്ങനെ ഉണ്ടാക അത് ആ ശബ്ദമാണ് ആ ശബ്ദത്തിൽ നിന്നുണ്ടാകുന്ന ബോധമാണ് പിന്നെ അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഇരുട്ടിനെ അകരുത് അല്ലാതെ ആ ശബ്ദം അല്ല ശബ്ദം ശബ്ദം ചെറുവണ കുടത്തിൽ അതിന്റെ ജോലി കഴിഞ്ഞു പിന്നീട് ഉള്ളിൽ അത് അതിന് തക്കമായ സ്ഫുരണങ്ങളെ ഉണ്ടാക്കുകയാണ് അത് ബോധമണ്ഡലത്തിലാക്കാൻ ഭവിക്കുന്നു അതാണ് ഇവിടെ സംസാര ഹേതു അവിദ്യ തുടങ്ങിയ സംസാരഹേതുക്കളെ അതിനെ നശിപ്പിക്കുക ക്ഷയിപ്പിക്കുക തുടങ്ങിയ സതി ധാത്തർത്ഥ സതി ധാതുവിന്റെ അർത്ഥം ഗ്രന്ഥ മാത്രേ അസംഭവമാണ് ഈ ശബ്ദത്തിൽ അക്ഷരങ്ങളിൽ മാത്രം അത് ഒതുങ്ങത്തില്ല അതുകൊണ്ട് വിദ്യായാന്റെ സംഭവമാണ് അത് വിദ്യയിലെ അത് സഫലമാകുന്നുള്ളു സംഭവിക്കുന്നുള്ളൂ വിദ്യയാണോ അജ്ഞാനത്തെ നശിപ്പിക്കുന്നത് അല്ല ശബ്ദമല്ല അതുകൊണ്ട് ശബ്ദം കാരണമാണ് അതുകൊണ്ട് ഇവിടെ ആത്മവിദ്യ എന്നുള്ള അർത്ഥമാണ് എടുത്തത് ശബ്ദം എന്നുള്ള അങ്ങനെയാണെങ്കിൽ പിന്നെ ഉപനിഷത്തെന്ന് ഗുരുഗ്രൻ പറയുന്നു ഈ ശബ്ദങ്ങൾ അനുസമാനം പറയുന്നു ഗ്രന്ഥസ്യാവി താതർനം തദ്ദത്വം ഗ്രന്ഥസ്യ പറയുന്ന ഉപനിഷം ഗ്രന്ഥവും ജ്ഞാനത്തിന് വേണ്ടിയുള്ളതാണ് ആത്മവിദ്യയ്ക്ക് വേണ്ടിയുള്ളതാണ് ഈ ശബ്ദം അതുകൊണ്ട് തദ്ശബ്ദത്വം അതിനെയും തദ് ഉപനിഷ് ശബ്ദത്വം ഉപപത്യേഹി പറയുന്നത് യുക്തം തന്നെ ശബ്ദവും ജ്ഞാനത്തിന് വേണ്ടിയുള്ളതാണ് അതുകൊണ്ട് ആ ശബ്ദങ്ങൾക്കും ഉപനിഷത്തെന്ന് പറയാം അപ്പോൾ ഭാഷകാരൻ രണ്ടർത്ഥത്തോട് യോജിക്കുന്നു ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദം കൊണ്ട് ഈ ശബ്ദരാശി ഈ ശബ്ദ പറയാം നമ്മൾ കേൾക്കുന്ന അല്ലെങ്കിൽ വായിക്കുന്ന അക്ഷരങ്ങളെ അതിനെയും പറയാം അതിൽ നിന്നുണ്ടാകുന്ന അറിവിനെയും പറയാം ഉപനിഷ് കൊണ്ട് രണ്ട് ശരിയെന്നാണ് അതിന് വേദത്തിൽ തന്നെ ഉദാഹരണം കൊണ്ടെന്നാണ് ആയുർവൈ ഘൃതം നെയ്യാണെന്നാണ് നെയ്യ് ആയുസാണെന്നാണ് നെയ്ക്ക് ആയുസ് എന്നുള്ള എങ്ങനെ പറയുന്നു കാരണം ആയുസ് എന്ന് പറയുന്നത് പ്രാണനാണ് നെയ്ക്ക് എങ്ങനെയാ പേര് പറയുന്നു അത് മറ്റൊരർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് എന്താണ് അവിടെ തന്നെ പറയുന്നുണ്ട് നെയ് സേവിക്കുന്നവന് ആയുസ് വർദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് രാത്രി നെയ് സേവിച്ചാൽ ആയുസ് കൂടുവെന്നാണ് വൈദ്യശാസ്ത്രത്തിനും പറയുന്നുണ്ട് വേദത്തിനും പറയുന്നുണ്ട് അപ്പോ ആയുസിനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ നെയ്ക്ക് ആയുസ് എന്ന പേര് വന്നിരിക്കുന്നു അപ്പൊ നെയ്യെന്ന് പറഞ്ഞാൽ അതിന്റെ മുഖ്യമായ അർത്ഥം എന്ന് പറയുന്നത് പാലം നിന്നെടുക്കുന്ന വസ്തു എന്നുള്ളതാണ് പക്ഷേ ആയുസ് എന്നുള്ള അർത്ഥമാണ് എന്തുകൊണ്ടാണ് അത് ആയുസിനെ അങ്ങനെ ഒരു അർത്ഥം അവർ അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്ന ഉപനിഷത്ത് എന്ന് പറയുന്നതിന്റെ മുഖ്യമായ അർത്ഥം ആർമവിദ്യ ആർമവിദ്യ സഹായിക്കുന്നതുകൊണ്ട് ഈ ശബ്ദത്തിനെയും ഉപനിഷത്തെന്ന് പറയാമെന്നാണ് അടുത്ത് പറയുന്നത് തസ്മാ വിദ്യ മുഖ്യവൃത്തിയ ഉപനിഷ്ദവും വിദ്യയിൽ മുഖ്യയാവൃത്യ മുഖ്യമായ സംബന്ധത്താൽ ഉപനിഷ് ശബ്ദവും ശബ്ദം വർദ്ധിക്കുന്നു ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന് വിദ്യയുമായിട്ടാണ് മുഖ്യമായിട്ടുള്ള ബന്ധമുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞു ഒരു ശബ്ദത്തിന് അർത്ഥവുമായിട്ട് ബന്ധം ഉണ്ടാവുന്ന വൃത്തി എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുഖ്യ വൃത്തിയ ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന് ഏതർത്ഥത്തിനോടാണ് മുഖ്യമായ ബന്ധമുള്ളത് അത് ആത്മവിദ്യയോടാണ് അതാണ് അതിന്റെ മുഖ്യാർത്ഥം ഗ്രന്ഥവുമായിട്ടോ അതടുത്ത് പറയുന്നു ഗ്രന്ഥേദും ഭക്തിയാണ് ഭക്തി എന്ന് പറഞ്ഞ ഇവിടെ അർത്ഥം ഗൌണം അമുഖ്യം എന്നാണ് മുഖ്യമല്ലാത്തതിന് ഭക്തി എന്ന് നമ്മൾ സാധാരണ പറയുന്ന ഭക്തിയല്ല നേരത്തെ പറഞ്ഞുള്ള വൃത്തികൾ പലതരത്തിലുണ്ട് മുഖ്യവൃത്തിയും ഗൗണവൃത്തി മുഖ്യം ഗൗണമെന്ന് വെച്ചാൽ മുഖ്യത്തിന്റെ വിവിധത മുഖ്യം അമുഖ്യമായ സംബന്ധങ്ങളും വരാം ശബ്ദത്തിന് അർത്ഥവുമായിട്ട് ഉപനിഷത്ത ശബ്ദത്തിന് ഈ ഉപനിഷത്ത നൂറിന്റെ ശബ്ദരാശിയുമായിട്ടുള്ള ബന്ധം മുഖ്യമല്ല മുഖ്യമാണ് അതുകൊണ്ട് ഉപനിഷ ശബ്ദം കൊണ്ട് നമ്മൾക്ക് മുഖ്യമായി ആത്മവിദ്യ എന്നുള്ള അർത്ഥത്തെടുക്കാം ഗൗണമായിട്ട് അതിനാണ് ഗൗണമെന്ന് പറയുന്നത് മുഖ്യമല്ല ഈ ശബ്ദരാശിയും എടുക്കാം ദോഷമില്ല എന്നാണ് അങ്ങനെ രണ്ടു തരത്തിലുള്ള അർത്ഥവും വരാം എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഉപനിഷത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് ഈ പുസ്തകം നമ്മൾ സാധാരണ പറയുന്ന പുസ്തകത്തെ പറയുകയാണെങ്കിൽ അത് തെറ്റില്ലാതാണ് കഠോ ഉപനിഷത്തിന് ഈ പുസ്തകത്തിന് പേരുള്ളൂ പക്ഷേ ഈ ഗ്രന്ഥത്തിന്റെ അധ്യയനം കൊണ്ട് ഒരു ജീവന്റെ അന്ധകരണത്തിൽ ഉണ്ടാകുന്ന ബോധം അറിവ് ജ്ഞാനം അതിനെയാണ് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് അതിനെയാണ് ഇവിടെ ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ മുഖ്യ അർത്ഥമായി എടുക്കേണ്ടത് എന്നാണ് ഇതുവരെ പറഞ്ഞതിന്റെ താത്പര്യം അപ്പോ ഊപ്പാന് പൂർവ്വത്തിലുള്ള സത് ധാരുവിന്റെ അവസാദനം ഗമനം വിശരണം എന്ന് പറയുന്ന മൂന്നർത്ഥങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവിദ്യയെ നശിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഉപനിഷത്ത് ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യ എന്നാണ് പരബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു എന്നുള്ള ഗമനാർത്ഥത്തെ പ്രാപിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ ഉപനിഷത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യയാണ് പിന്നെ ഈ ഉപനിഷത്തിൽ പറയുന്ന അഗ്നി വിക് സ്വർഗഫലത്തെ കൊടുക്കുന്നു ഇഹലോകത്തിലെ സംസാരത്തെ കുറച്ചു കാലത്തേക്ക് തടയുന്നു ശിഥിലമാക്കുന്നു സംസാര ബന്ധത്തെ എന്നുള്ള അർത്ഥത്തിൽ വിശരമം എന്നുള്ള അർത്ഥത്തെ എടുത്തുകഴിഞ്ഞാലും ഉപനിഷ ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യ എന്നാണ് അതാണ് ഇവിടെ ചർച്ച ചെയ്തത് ഉപനിഷ ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യ എന്നുള്ളതാണ് മുഖ്യമായ അർത്ഥം ഗൗണമായിട്ട് ഗ്രന്ഥത്തെയും പറയാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ സംബന്ധ ഭാഷത്തിൽ നിന്ന് അതിന്റെ ആമുഖമായി മനസ്സിലാക്കിയത് തുടർന്നുള്ള ഭാഗങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ